അന്തരാപാതെ ശാത്തപാവനമചിന്യവൈഭവം തം നരം വപുഷി കുഞ്ചരം മുഖേ മന്മഹേക്ക്ലംം മഹം ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദിവോ മഹേശ്വരാം ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിന് വ്യോമവത്വ്യാപ്തേഹിണമൂർത്തമ യു തന്നിമധ്യം നി കരചരണം നാമഗോത്രം നൂത്രം നോ ജാതിർന്ന വർണ്ണത്തി പുരുഷോ നസം നീക്കം നൈവാരം നി ജനിമരണം നാസ്തി പുണ്യം നാപം തോ തും സഹജ സമരസം സദ്ഗുരു തം നമാ സാശിവസമാരംഭാ ശങ്കരാചാര്യമധ്യമാ അസ്മദാചാര്യപര്യ വന്ദേ ഗുരുപരംപരാ മൗനവ്യാഖ്യകട്രഹ്മത്തം യുവാന വർഷിട്ടേവ സദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷാരേന്ദ്രം കരകളിതചന്മുദ്രമാനന്ദമൂർത്തി സ്വാത്മാരാമ മുദക്ഷിണമൂർത്തിമീഡേം വേദന്വിഭാസാതേ ശാൻ സാദിനേന്ദ്രസംഗപവവേ യോഗീന്ദ്രവ്യ മോഹധ്വാന്തതിവാകരാ ഭഗവത്പാദിത തസ്മൈ ഭാഷ്യമോസ്തു സൂർണ്യ ബോധാത്മനി അപാരസിത്സുഖവാരിരാശേ യോർമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രവണം ഗഭീരം ചിന്വിഹീനം ഹൃദി ചിന്തയാ ദേഹം മൃണ്മയവജ്ജടാത്മകഹം ബുദ്ധിർന്നാഹം താത്മസദ്ഭാവത്തോഹം ഭാവയു കു വരധിയാൃഷ്ടാത്മന സോഹം സ്ഫൂർത്തിതയാ അരുണാചലശിവർണോ വിഭാതി സ്വയം കരുണപൂർണുധേ കബളിഘനവിരണാവലരുചല പരമാത്മൻ അരുണോഭവ ചിത്തകുവിസാ രുചലസർവൂ സ്ഥിര പ്രലീനമേതം ഹൃദ്യഹിത്മതയാ ഭോഹോ തേ വദി ഹൃദയം നാമ अहमिदिकुत അഹമിതി കീന്ഷ്യന്ത പ്രവിഷ്ടയാമലധിയവഗമ്യ സ്വം ൂപം ശാമ്യരുണാചലത്വനദീവാധൗ തഷയം ബാഹ്യം രുദ്ധപ്രാണേന രുദ്ധമനസന്ത ध्यायन ധ്യയൻ പശ്യത്തി അരുണാചല മഹീയന്യർമനസം പശ്യൻ സർ തവായാ സതത്തും ഭജത്തെ അനന്യീയ സജയത്രുണാചല ി सुखे മഗ്ന ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശലേക്ഷുചാണപ നോമി പിണേ കോണത്രയസ്തം കുലദൈവതം നഹ നാമി കാലംകുന്താ ഭസണസുധാനദീ ചൂടോക്തം സിതചന്ദ്രചാരുകളി ചഞ്ചർഷിഖാ ഭാസ്വരോ ലീലാദഗവിലോലകശലഭശശ്രേയോദാഗ്രേ സ്ഫുരൻ അന്തസ്ഫൂർജതപാരമോഹതിരപ്രാഗ്ഭാരമുച്ചാടയൻ ചേട്ട സദ്ഗിത ജാന പ്രദീപോഹരഹം ജവവദുജേസ്മാക്കധി സിധിം കിയ രാ ചന്ദ്രസമാനക്കാതിവദാതിരാജസ്തു മൂക്കാനമൊപ്പതി സുരധുനീനി കാശവാഗവൈഭവം ീകാച്ചീനഗരീ വിഹാരോകാഹന്ത്രീ സേകാ പുണ്യപരംപരാ പശുപത്തെ ആകാരി രാജത്തെ യോന്ത് പ്രവിശ്യ മമവാചയിമാസുപ്ജീവയത് ഖിലലശക്തിധരസ്വധാ അനാശഹശ്രവണത്ഗാദീൻ പുരാന്നോ ഭഗവത്തെ പുരുഷാഭ്യം ഹരി ഓർ പ്രതിബോധിത സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനി മധ്യേ മഹാഭാരത അദ്വൈതമൃഷവശി ഭഗവത്ത അാദാധ്യനി അമ്പ റം അനുസന്ദി ഭഗവത്ഗീത ഫുൾ അവിന് प्रज्वालितो ഭാരതൈലപൂർണ प्रदीपहं प्रपन्न പ്രദീപ്രപന്നിജ സ്ത്രോത്രേത്രൈകണേ ജാനമുദ്രാ കൃഷ്ണ ഗീതമൃതദുഹേ നമോപനിഷദോ ഗാവോ ദോപനന്ദന പാർോ വത്സസുധീർഭോക്തം ഗീത വസുദുതം ദിവ കംസ ീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു മൂക്കം കരോളം പങ്കും ലംഘയത്തെ ഗിരി യത്കൃതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാവരുണേന്ദ്രരുദ്രമരുത സ്തുവ്യൈ സ്തൈ വേദസക്രമോപനിഷദൈ ഗായ ദ്ഗ്യം യോഗിനോതുസുരാഗണേ തസ്മൈ നമ പാർസാരഥിണ ശ്രാവി ശുഭം ഗിരം പാർയാർത്തിഹരോ ദൂർത്തി സ പാതു ത്രിഭിർഗുണമയൈർഭാവൈ എദം ജഗത് മോഹിതം നിജാതി മാഭ്യ പരം അവ്യയം ഇതാണ് നിലകണ്ഡ ശ്ലോകം പതിമൂന്നാം തേ ശ്ലോകം ഈ അധ്യായം ഭഗവാന്റെ പ്രകൃതിയെ സത്വ രജോ സത്വം രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങൾ ചേർന്നിട്ടാണ് പ്രകൃതി നേച്ചർ നമ്മളുടെ ശരീരം മനസ്സ് പുറത്തുള്ള ലോകം ഇതിലൊക്കെ തന്നെ ഈ മൂന്ന് ഗുണങ്ങളുടെയും കളി കാണാം ഈ മൂന്ന് ഗുണങ്ങളുടെ സമ്പർക്കമില്ലാത്ത ഒരു വസ്തുവും ലോകത്തിലില്ല ഇതുമായിട്ട് സ്പർശമേൽക്കാതെ നിൽക്കുന്നത് ചൈതന്യം മാത്രമാണ് ആത്മാത്രമാണ് ബാക്കിയൊക്കെ തന്നെ സത്വഗുണം രജോഗുണം തമോ ഗുണം വന്നും പൊയും കൊണ്ട് ഇരിക്കും സ്ഥൂലതലത്തിലും ഈ മൂന്ന് ഗുണങ്ങളുടെ അഫക്റ്റേഷൻ ഉണ്ടാവും സത്വഗുണം വരുമ്പോ ധ്യാനം ഭക്തി അല്ലെങ്കിൽ ത്യാഗം ഒക്കെ രജോഗുണം വരുമ്പോ കർമ്മം രാഗദ്വേഷം തമോ ഗുണം വരുമ്പോ ആലസ്യം നിദ്ര അറിവിലായ്മ ജാഢ്യത സത്വഗുണത്തിന്റെ പ്രാമുഖ്യം ശരീരത്തിലുള്ളപ്പോ കപം രജോഗുണത്തിന്റെ പ്രാമുഖ്യം ശരീരത്തിലുള്ളപ്പോ വാ പി വാദം വാദമാണോ പിത്താണോ പിത്തം തമോ ഗുണത്തിന്റെ പ്രാമുഖ്യം ശരീരത്തിലുള്ളപ്പോ വാദം ശരീരത്തിലുണ്ടത് മനസ്സിലുണ്ട് ഇതിന്റെ അഫക്റ്റേഷൻ മൂന്ന് തരത്തിലുണ്ട് ഈ മൂന്നും നമ്മളുടെ ചിന്തകളെ സ്വാധീനിക്കും നമ്മളെ സ്വാധീനിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് പുറം വിഷയങ്ങളെ മാത്രമേ കാണാനൊക്കെ സാത്വികമായ വസ്തുക്കൾ നമുക്ക് മനസ്സിലാവും നമ്മൾ സത്വഗുണത്തിലുള്ളപ്പോ രാജസികമായ വസ്തുക്കൾ നമ്മൾ രസിക്കും രജോഗുണത്തിലുള്ളപ്പോ താമസമായ വസ്തുക്കൾ നമ്മൾ രസിക്കും തമോ ഗുണമുള്ളപ്പോ സത്വഗുണമുള്ളപ്പോ നമുക്ക് അമ്പലത്തിൽ പോയി വിളക്ക് കൊളുത്തി കണ്ടു ഭക്തിയൊക്കെ കണ്ടു സ്തോത്രമൊക്കെ കാണുമ്പോ ഒരു സുഖം രജോഗുണത്തിലുള്ളപ്പോ ഒരു ആക്ടിവിറ്റി ഒരു ഉത്സാഹം മമ്മേട്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറകശത്ത് പോയി കിളച്ച് മറിച്ച് അല്ലെങ്കിൽ കളിക്കുക അതൊക്കെ തോന്നും തമോ ഗുണമുള്ളപ്പോ കിടക്ക കാണുമ്പോ ഒരു സുഖം പായ ഉണ്ടാവ ഒരു സുഖം ഊണ് വയറ്റിൽ പോയി കഴിഞ്ഞാൽ കിടക്കാനൊരു സുഖം എന്ന് പറയണ പോലെ തമോ ഗുണം തോന്നുമ്പോ അതൊക്കെയാണ് സുഖം തോന്ന പ്രസംഗത്തിന് സത്സംഗത്തിന് വരുമ്പോ സത്വഗുണമാണെങ്കിൽ നല്ല ഉത്സാഹത്തോടെ ഇങ്ങനെ ഇരിക്കും രജോ ഗുണമാണെങ്കിൽ ഡിസ്റ്റർബായിട്ടിരിക്കും തമോ ഗുണമാണെങ്കിൽ തൂണ് എവിടെ ഉണ്ടെന്ന് നോക്കും ഇടുപ്പുവേദന കൊണ്ട് തൂണിച്ചാരിയിരിക്കണവരെല്ലാം പറയണത് ചിലർ വളരെ ചാരുശീലന്മാരാണ് ഈ മൂന്നും നമ്മളുടെ സ്വാഭാവികമായ സ്ഥിതിയെ അറിയാൻ തടസ്സമാണ് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ത്രിപിർ ഗുണമയേർഭ ഇത് മൂന്നും ആത്മാവിനെ ആത്മാവിൽ തോന്നുന്നതാണ് സ്ക്രീനിലെ സിനിമ പോലെ ബോധത്തിൽ കാണപ്പെടുന്ന മൂന്ന് തരം ചിത്രങ്ങളാണിവ മൂന്നും ഏച്ചവ സാത്വികാഭാവാഹ രാജസാഹ താമസാശയേ മത്തയേ വേദിതാൻ വിദ്ധി ഈ മൂന്നും ഹേ അർജുന എന്നിൽ തന്നെയാണോ ഉണ്ടാവണതെന്ന് അറിഞ്ഞുകൊള്ളുക നത്വം തേശു പക്ഷേ ഞാൻ തേ മൈ അവ എന്നിലാണ് ഞാൻ അവയിലല്ല എന്നാണ് എന്നുവെച്ചാൽ അതൊക്കെ എന്നിൽ ആവിർഭവിക്കുന്നു അതൊന്നും ആത്മാവിൽ ആവിർഭവിച്ചാലും ആത്മാവിനെ ബാധിക്കുന്നില്ല ബുദ്ധിയെ മറക്കേയുള്ളൂ ത്രിഭിർ ഗുണമയൈർഭാവൈഹി ഏബിഹി ഇവകൾ കൊണ്ട് ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ട് മോഹിതം നഭിജാതി മോഹിക്കപ്പെട്ട മനുഷ്യൻ സത്വഗുണം കൊണ്ട് മോഹിതനാവും സത്വം സുഖേ സഞ്ചയത്തി രജകർമ്മി ഭാരത പ്രമാദമോഹ തമസ ജ്ഞാനമേവ നിദ്രാല ദോഷങ്ങൾ കൊണ്ട് തമോഗുണമും സത്വഗുണം നല്ല സുഖത്തിൽ നമ്മളെ അറ്റാച്ച്ഡ് ആക്കും രജോ ഗുണം നമ്മളെ കർമ്മത്തിൽ അറ്റാച്ച്ഡ് ആക്കും തമോ ഗുണം നമ്മളെ നിദ്ര ആലസ്യം ജാഡ്യം ഈ മൂന്ന് കൊണ്ടും എഫക്ട് ചെയ്യും ഈ മൂന്ന് കൊണ്ടും മോഹിതം മോഹിതം എന്ന് വെച്ചാൽ ഒരു മജീഷ്യൻ മാജിക് കാണിക്കുന്ന ആള് നമ്മളെ എങ്ങനെ മെസ്മറൈസ് ചെയ്യോ ഹിപ്പനോട്ടൈസ് ചെയ്യോ അതുപോലെ തന്നെ ഈ മൂന്ന് ഗുണങ്ങളും നമ്മളെ ഹിപ്പനോട്ടൈസ് ചെയ്തുകൊണ്ടേ അഭിജാനാദി അതുകൊണ്ട് എന്താ ഉള്ളത് ഉള്ളത് പടിയെ അറിയുന്നില്ല എന്തിനെ അറിയുന്ന മാം ന അഭിജാനാദി എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയണില്ല നമ്മള് നമ്മളെക്കുറിച്ച് ഉള്ള അറിവ് മൂന്ന് ഗുണങ്ങൾ കൊണ്ട് കറപ്റ്റഡ് ആണ് കറപ്റ്റഡ് ബൈ ഗുഡ്നെസ് കറപ്റ്റഡ് ബൈ ആക്ടിവിറ്റി കറപ്റ്റഡ് ബൈ ലേസിനെസ് മൂന്ന് കറപ്ഷൻ ഉണ്ട് നമ്മൾ നമ്മളെ കുറിച്ച് അറിയണത് നമ്മൾ മൂഡ്സ് ആണ് നമുക്ക് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ മൂഡ്സ് ആണെന്നാണ് ധരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക അമ്മിക്കുഴയ്ക്ക് കാറ്റ് പിടിച്ച പോലെ അനങ്ങാതിരുന്നാൽ അധ്യാത്മമാക്കി അപ്പോ ആചാര്യസ്വാമികൾ ഇവിടെ പറയുണ്ട് നോക്കൂ എന്നെ അറിയണില്ല ത്രിഭിഹി ഗുണമയൈ രാഗദ്വേഷ മോഹാദി പ്രകാരൈഹി പദാർത്ഥൈ പ്രാണിജാതം ജഗത് മോഹിതം അവിവേകിതാം ആപാദിതം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലുള്ള വിവേകം എന്ന് പറയുന്ന ഒരു അത്ഭുത ശക്തി അത് പ്രവർത്തിക്കണില്ല എന്നാണ് ആ മെക്കാനിസം ഔട്ട് ഓഫ് ഓർഡർ ആയിരിക്കണം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ വിവേകത്തിന്റെ പേരാണ് മനുഷ്യൻ ശരീരത്തിന്റെ പേരല്ല നമ്മൾ ശരീരത്തിനെ കണ്ടിട്ടാണ് എല്ലാവരും മനുഷ്യരാണ് എന്ന് പറയണത് ശാസ്ത്രം പറയണത് വിവേകം ഉണ്ടോ അവൻ മനുഷ്യൻ വിവേകത്തിന്റെ പേരാണ് മനുഷ്യൻ എന്നാണ് അവിവേകിതാം ആപാദിതം വിവേകം വർക്ക് ചെയ്യാതായിരിക്കുന്നു വിവേകം പ്രവൃത്തിരഹിതമായിരിക്കുന്നു അതുകൊണ്ട് എന്താ സത് നഅിജാനാധി മാം ഏബ്യഥോക്തേഭ്യാ ഗുണേഭ്യാ പരം ഈ സത്വരജസ്തമോ ഗുണങ്ങൾക്കപ്പുറമുള്ള നമ്മളുടെ സ്വസ്വരൂപത്തിനെ അറിയുന്നില്ല എന്താണ് ആ സ്വസ്വരൂപത്തിന്റെ ലക്ഷണം അവ്യയം എന്ന് വെച്ചാലോ ജന്മാദി സർവഭാവ ഇത്യർത്ഥ ജനിക്കുക വളരുക പരിണമിക്കുക മരിക്കുക മുതലായിട്ടുള്ളതൊക്കെ ദോഷമാണെന്നാണ് അത്തരത്തിലുള്ളൊരു ദോഷം തന്നെ അധികം പേർക്കും അറിയില്ല അല്ലെ നമ്മൾക്ക് ചുമ ജലദോഷം പനി ക്യാൻസർ ഹാർട്ട് അറ്റാക്ക് ഇത്രയൊക്കെ നമുക്കറിയുള്ളൂ ദോഷം ജയിലിന്റെ ഉള്ളിലാണ് കിടക്കുന്നത് എന്ന് അറിയില്ല ജയില് തുറന്നു വിടാ തുറന്ന് പുറത്തുവിടൂ എന്ന് പറയണില്ല കാരണം ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഇൻസൈഡ് ദ പ്രിസൺ ആണ് അതുകൊണ്ട് ഇതിന്ന് പുറത്തു വരാൻ പറ്റുമെന്നുള്ളൊരു തോന്നലേ ഇല്ല ആകെപ്പാടെ സുഖം വെച്ചാൽ ഈ ജയിൽ കമ്പിക്ക് ഇത്തിരി പെയിന്റ് ജയിലിൽ പൊളിഞ്ഞ നിലവൊക്കെ ഒന്ന് വൃത്തിയാക്കി തരൂ ജയില് തുടച്ച് വൃത്തിയാക്കി തരൂ അത് ചെയ്തു ദേവതകളൊക്കെ ഉണ്ട് ഇന്നൊക്കെ ജയിൽ പുള്ളികളോട് കാരുണ്യം കാണിക്കണമെന്ന് പറഞ്ഞ് ഒരു നിയമമൊക്കെ കൊണ്ടുവന്ന് ജയിലിലുള്ളവർക്ക് ടി വി വെച്ചു നമ്മൾ മാത്രം ടി വി കണ്ടാ ജയിലിലുള്ളവർക്കും ടി കാണണം എന്ന് പറഞ്ഞിട്ട് ജയിലിന്റെ ഉള്ളിലുള്ളവരെയും സമാധാനത്തോട് ഇരിക്കാൻ സമ്മതിക്കാതെ ഈ സാധനം അതിനകത്ത് കൊണ്ട് വെച്ച് കൊടുക്കാണ് ദേവതകൾ അതുപോലെ നമ്മളെ സംസാരത്തിൽ നിന്ന് വിമുക്തരാക്കില്ല പക്ഷെ സംസാരത്തിന്റെ ഉള്ളില് ഈ അഴികൾക്കുള്ളില് നമുക്ക് ചില സുഖങ്ങളൊക്കെ തരും അത്രയും തരാൻ ഒക്കെയുള്ളൂ നമ്മളും എക്സ്പെക്ട് ചെയ്യണുള്ളൂ പ്രതീക്ഷിക്കണുള്ളൂ ഒരു സത്വഗുണം വേണം അല്ലേ സത്സംഗത്തിൽ പോലും നിങ്ങളൊക്കെ വന്നിരിക്കുന്നുണ്ട് പക്ഷെ അധികം പേരും സത്സംഗത്തിൽ പോലും പ്രതീക്ഷിക്കുന്നത് ചിലര് പ്രതീക്ഷിക്കുന്നത് വെറും കുറച്ച് തമാശ കേട്ടാൽ മാത്രം മതി എന്നാണ് ഇത്തിരി ജോക്ക് ഉണ്ടെങ്കിൽ അത് മതി വേറെ ചിലര് പ്രതീക്ഷിക്കുന്നത് കുറച്ച് അറിവ് വേറെ ചിലര് പ്രതീക്ഷിക്കുന്നത് കുറച്ച് ധ്യാനസുഖം ഈ മൂന്നും ഗുണങ്ങൾക്കുള്ളിലാണ് സത്സംഗത്തിന്റെ പ്രയോജനം ധ്യാനമോ അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ ധ്യാനമാണ് ഏറിക്കവിഞ്ഞാൽ അൾട്ടിമേറ്റ് നമുക്ക് സത്സംഗത്തിൽ ഉണ്ടാവണത് ധ്യാനസുഖം അല്ലെങ്കിൽ സമാധി സുഖം അത് വരും അതതിന്റെ ഒരു ഭാവമാണ് എന്താന്ന് വെച്ചാൽ സത്വഗുണമുണ്ടെങ്കിൽ സമാധി സുഖം ഉണ്ടാവും സത്വഗുണം ഉണ്ടെങ്കിൽ സമാധി സുഖം ഉണ്ടാവും പക്ഷെ അതത് വലിയൊരു ഇഫക്ട് അല്ല അതിന്റെ മുഖ്യ പ്രയോജനം ഭഗവാൻ പറയണത് സത്വാത്ത് സഞ്ചായത്തെ ജ്ഞാനം എന്നാണ് സത്വഗുണത്തിൽ ഒരാൾ വർത്തിച്ചാൽ സത്വഗുണം മൂന്ന് കള്ളന്മാരുടെ കഥ പറയും രാമകൃഷ്ണ പരമാംസർ രണ്ട് കള്ളന്മാരെ പിടിച്ചു കെട്ടിയിട്ടു ഒരു കള്ളൻ നല്ലവനായതുകൊണ്ട് അഴിച്ചുവിട്ടു അത്ര ഒരു വഴിപൊക്കനെ അതുപോലെ രജോ ഗുണവും തമോഗുണവും സത്വഗുണവും ബന്ധിക്കും പക്ഷെ സത്വഗുണം ജ്ഞാനത്തിന് വഴി കാണിച്ച് മുക്തിക്ക് തുറന്നുവിടുമെന്നുള്ളത് കൊണ്ട് സത്വഗുണത്തിനെ ഒരു വലിയ പ്രയോജനമായിട്ട് നമ്മൾ കരുതുന്നു അപ്പൊ സത്സംഗത്തിലിരിക്കുമ്പോൾ ധ്യാനം അല്ലെങ്കിൽ ആ ഭക്തി അതൊക്കെ വരുമ്പോ നമുക്ക് ജ്ഞാനത്തിന് വഴി തുറക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഡയറക്റ്റായിട്ട് അതും കൂട്ടിക്കൊണ്ടുപോല പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ സ്വരൂപത്തിനെ ജന്മാതിസകലഭാവവർജിതം എന്ന് പറഞ്ഞല്ലോ ഞാൻ ജനിച്ചിട്ടില്ല ഉനിക്ക് ജനനമില്ല മരണമില്ല പരിണാമമില്ല നിത്യശുദ്ധ ബുദ്ധമുക്തസ്വഭാവമായ സത്യമാണ് ഞാൻ എന്നുള്ള ഉണർവ് പ്രത്യപിജ്ഞ അതാണ് തത്വവിചാരത്തിന്റെ ലക്ഷ്യം അതൊന്ന് വന്നാൽ മാത്രമേ ഈ ഊരാ കൊടുക്കുന്നും പുറത്തേക്ക് പോവുള്ളൂ ആ ജ്ഞാനുണ്ടാവുമ്പോഴാണ് സംസാര വിമുക്തി എന്നുള്ളതുണ്ടാവുള്ളൂ ഈ ജ്ഞാനം കൂടാതെ മുപ്പത്തിമുക്കോരുടെ ദേവതകളെയും നമുക്ക് ആരാധിക്കാം സകല വർണ്ണത്തിലും ഭസ്മവും കുറിയും മാലയും ഒക്കെ ധരിക്കാം ഗൃഹസ്ഥൻ സന്യാസി വേഷം കെട്ടാം പേരു മാറ്റിയിട്ട് എന്തെങ്കിലും സന്യാസം പേരുവെക്കാം വീട്ടിൽ താമസിക്കുന്നതിന് പകരം ആശ്രമത്തിൽ താമസിക്കാം ഹിമാലയത്തിൽ താമസിക്കാം ഇതൊക്കെ മോഹമാണ് ഇതൊക്കെയാണ് ഭഗവാൻ വേണം മോഹിത് എന്ന് പറയുന്നത് ആ മോഹം തീരാൻ വേണ്ടി നിങ്ങളൊന്ന് യാത്ര ചെയ്ത് നോക്കിക്കോളൂ ഗുഹയിൽ പോയി നോക്കിക്കോളൂ ഹിമാലയത്തിൽ പോയി ജ്ഞാനികൾ എവിടെയും കാണും അതേസമയം അജ്ഞാനികളും കാണും ഹിമാലയത്തിന്റെ ഉച്ചത്തിൽ പോയിരിക്കുന്നവർ ജ്ഞാനികളാണെന്ന് നിങ്ങൾ പറഞ്ഞു പോയാൽ ചിലപ്പോ അവരുടെ മോഹം കണ്ട് നമ്മൾ ഭ്രമിച്ചു പോവും സിറ്റിയിലിരിക്കണവർക്ക് പോലും മോഹമില്ലാത്ത അത്രയും അതിര് കടന്ന ചില മോഹമൊക്കെ അവരിൽ കാണും അവിടെ മഹാത്മാക്കളെയും കാണും അത് വേറെ കാര്യം പക്ഷെ അവിടെയും ഈ മോഹം സംസാരം അജ്ഞാനത്തിന്റെ കുറവൊന്നും കാണില്ല നമ്മൾ അപ്പൊ ഈ മോഹനിവൃത്തി അജ്ഞാന നിവൃത്തിയാണ് അധ്യാത്മം കൊണ്ട് സാധിക്കേണ്ടത് അല്ലാതെ കരിഷ്മാറ്റിക് അറ്റി അച്ചീവ്മെന്റ്സ് അറ്റൈൻമെന്റ്സ് അത് വരികയും പോവുകയും ചെയ്യും അത് വെറും ഡെലൂഷൻ മോഹമാണ് അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു മോഹിതം അഭിജാനാതി മോഹിച്ചു പോയിട്ട് എന്നെ അവരറിയണില്ല എന്ന് വെച്ചാൽ ആത്മാവിനെ അറിയണില്ല അവര് സത്വഗുണം കൊണ്ടോ രജോ ഗുണം കൊണ്ടോ തമോഗുണം കൊണ്ടോ തൃപ്തിപ്പെട്ടവരാണ് അതുകൊണ്ട് ഗുണാതീതം നിർഗുണമായ ആത്മതത്വത്തിനെ സ്വരൂപത്തിനെ അവര് വേണ്ടവണ്ണം അറിയണില്ല ഇത്രയും പറഞ്ഞ് ആ ഗുണാതീതനാവാൻ ഇതിൽ നിന്ന് വഴി കഥം പുനഃ ദൈവീം ഏതാം ത്രിഗുണാത്മികം വൈഷ്ണവീം മായാം അതിക്രാമന്തി ഇതി ഈ മായ എന്ന് പറയണ ഫോഴ്സ് ഈ ഗുണങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതാണ് അഥവാ ഗുണമയ്യാണോ മായ ഇനിയിപ്പൊ ഇനിയിപ്പോ ഒരു പുതിയ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാണ് മായ ദേവി മഹാത്മ്യത്തിൽ സുരതവൈശ്യ സംവാദമാണ് അവർ രണ്ടുപേരും ഒരു മഹാരാജാവ് രാജ്യം നഷ്ടപ്പെട്ട രാജാവും കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഒരു വൈശ്യനും കൂടെ കാട്ടിലെ കണ്ടുമുട്ടുകയാണ് രണ്ടുപേരും കൂടെ പരസ്പരം വർത്തമാനം പറയുകയാണ് രണ്ടുപേരും പറയാ കഷ്ടം എന്ത് ചെയ്യും രാജാവ് പറയാണ് ഞാൻ എല്ലാം വിട്ടിട്ട് വന്നു ഇപ്പോഴും സ്വപ്നത്തിൽ ഈ ഭടന്മാര് വന്ന് എന്നെ സല്യൂട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ് രാജ്യസുഖങ്ങളെയൊക്കെ ഞാൻ കിനാവ് പക്ഷേ എന്നെ ഒരു കാലത്ത് പരിചരിച്ചിരുന്നവരും എന്നെ കണ്ട് സല്യൂട്ട് ചെയ്ത ആളുകളൊക്കെ ഇപ്പൊ വേറൊരു രാജാവിന്റെ സേവകന്മാരായിട്ട് ഇരിക്കുന്നത് ഞാൻ കാണുന്നു എന്നിട്ടും എനിക്ക് വൈരാഗ്യം ഉണ്ടാവണില്ല ആ വൈശ്യൻ എന്നെ ബന്ധുക്കളൊക്കെ പുറത്താക്കി മക്കളൊക്കെ പുറത്താക്കി എന്നിട്ട് ഇപ്പോഴും ദുഷ്ടദോഷേ വിഷയേ മമത്വാകൃഷ്ടമാനസൗ അതിലൊക്കെ ദോഷമുണ്ടെന്ന് കണ്ടിട്ടും യേമപ്രവണം ചിത്തം വിഗുണേശ്വി ബന്ധുഷു ബന്ധുക്കളൊക്കെ എനിക്ക് വിപരീതമായിട്ടും അവരെക്കുറിച്ച് ചിന്തിച്ച് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും എന്റെ മക്കൾക്ക് എന്നോട് സ്നേഹമില്ല ബന്ധുക്കൾ എന്നോട് സ്നേഹമില്ല എന്നിട്ടും മനസ്സങ്കോട് പോവാ എന്താ കാരണം എന്ന് അറിയാൻ വയ്യ അവര് രണ്ടുപേരും കൂടെ എന്നിട്ട് ഒരു മഹർഷിയുടെ അടുത്ത് പോയി ചോദിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ് ഇതാണ് മായ ആ ഒരു ഫോഴ്സ് വിചിത്രമായ ശക്തി അത് അതിനെ സ്വതന്ത്രമായ ഒരു ശക്തിയായിട്ട് പറയണോ അല്ല ആത്മാവിന്റെ തന്നെ ശക്തിയായിട്ട് പറയണോ ഒന്നും നിരൂപണം ചെയ്യാനൊക്കില്ല നമ്മൾ എത്ര കണ്ട് സെന്റേർഡ് ആവണോ അത്ര കണ്ട് സർക്കംഫറൻസിലുള്ള ഈ ഫോഴ്സ് കൂടുന്നത് നമുക്ക് കാണാം എത്ര കണ്ട് സെന്ററിലേക്ക് പോകണോ അത്ര കണ്ട് സർക്കംഫറൻസിലുള്ള ഫോഴ്സിന് ബലം വയ്ക്കും ആ മായ എന്ന് പറയണ ശക്തി വേദാന്തികൾ ഏതൊന്നും ഇല്ലാത്തതാണോ അതാണോ മായ എന്നൊക്കെ പറയും വാസ്തവത്തിൽ ആ മായ ഒരു നെഗറ്റീവ് ഫോഴ്സോ നെഗറ്റീവ് പവറൊന്നും അല്ല അത് അത് പ്രകൃതി തന്നെയാണ് പ്രകൃതിയുടെ ശക്തി തന്നെയാണ് അത് ദൈവീയാണ് ഇവിടെ ഗീതയിൽ ഇവിടെ പറഞ്ഞ ദൈവീ ശക്തിയാണത് അത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ മഹാമായ ജഗതീശ്വരി എന്നൊക്കെ പറയണത് എന്നുവെച്ചാൽ അവൾ എപ്പോ രാമകൃഷ്ണ പരമഹംസർ പറയും എപ്പോ അവള് ക്ലിയറൻസ് തരണോ അപ്പോഴേ പുറത്തു പോകാൻ പറ്റുള്ളൂ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് തന്ന അവൾ ക്ലിയറൻസ് തരണവരെ നിങ്ങൾ എന്തൊക്കെ ചാടിക്കളിച്ചോളൂ എവിടെ എവിടെ നിങ്ങളുടെ വീക്ക്നസ് ഉണ്ട് എന്നുള്ളതൊക്കെ ആ ശക്തിക്ക് ഇറ്റ് ഈസ് എൻ ഇന്റലിജന്റ് ഫോഴ്സ് വിച്ച് ഈസ് ഇൻചാർജ് ഓഫ് എവ്രിഥിങ് അതർ ദാൻ ദി സെൽഫ് ആത്മനിഷ്ഠനായ യോഗി അവളെ അറിയുന്നേയില്ല ആത്മാവിൽ നിന്നും ഒരു ക്ഷണനേരത്തേക്ക് പുറത്തേക്ക് കാലുവെച്ചാൽ ആ ശക്തിയുടെ മണ്ഡലമാണ് ചിത്തിൽ ഇരിക്കുന്നവന് അവൾ സത്യമേ അല്ല ചിത്തിൽ നിന്നും പുറത്തേക്ക് തിരിഞ്ഞാൽ ചിതഗ്നികുണ്ട സംഭൂതായൈനമ രാഗസ്വരൂപ പാശാഢ്യായ നമ ദേവകാര്യ സമുദ്യത്തായേ നമ അല്ലേ രാഗം എന്ന് പറയുന്ന കയറ് പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ആ മഹാശക്തി മഹാമായ വിശ്വം ഭ്രമയതി പരബ്രഹ്മ മഹിഷി അപ്പോൾ പരബ്രഹ്മ മഹിഷിയാണ് അതുകൊണ്ടൊരു നെഗറ്റീവ് പവർ ഒന്നുമല്ല വിദ്യാശക്തിയുമുണ്ട് അവിദ്യാശക്തിയുണ്ട് കാമം ക്രോധം ലോകം മോഹമതം ആത്സര്യം അതിനെ അവിദ്യ എന്ന് പറഞ്ഞു ഭക്തി ജ്ഞാനം വൈരാഗ്യമൊക്കെ ഉണ്ടാക്കുന്നതും നമ്മളെ പരിഭാഗപ്പെടുത്തുന്നതുമായ ശക്തിയെ വിദ്യ എന്ന് പറയണം ഇത് രണ്ടും മായയുടെ തന്നെ ശക്തികളാണ് വിദ്യ അവിദ്യാ സ്വരൂപിണ്യീനമ ഈ മായ ഒരു പ്രോസസിംഗ് പവറാണത് സൃഷ്ടി സ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്ന പഞ്ചകൃത്യവും ആ ശക്തിയുടെ മണ്ഡലമാണ് ആ മായയാണ് അപ്പൊ നമുക്ക് വിഷയം ഇപ്പൊ പുതിയ ടോപ്പിക്കില് നമ്മൾ സംസാരത്തിലിരിക്കുന്നു കുടുംബത്തിലിരിക്കുന്നു വ്യവഹരിക്കുന്നു പറയുമ്പോ ആ ശക്തിയുടെ മണ്ഡലമാണിത് പുറത്തുള്ള ശക്തിയുടെ മണ്ഡലമാണ് ഒരിക്കൽ രമണ ഭഗവാന്റെ മുമ്പിൽ വെച്ച് കുറെ ഭക്തന്മാർ തമ്മിലുള്ള കോൺവെർസേഷനാണ് ഒരാൾ പറഞ്ഞു ശക്തിയില്ലെങ്കിൽ ശിവമില്ല വേറെ ഒരാള് പറഞ്ഞു ശിവമില്ലെങ്കിൽ ശക്തി ഇല്ല വിത്തൗട്ട് ഷി ദർ ഇസ് നോ ഹി വിത്തൌട്ട് ഹി ദർ ഇസ് നു ഷി അവസാന ശക്തിക്കാരെ ഒന്ന് തലദൂക്കി അവര് പറഞ്ഞു ഷിയുടെ ഉള്ളിൽ ഹി ഉണ്ട് ഹീയിൽ ഷി ഇല്ല എന്നാണ് എസ് എച്ച് ഇ എന്നിട്ടാൽ അതിനകത്ത് ഹി ഇസ് ഇൻക്ലൂഡഡ് ഷി ഇട്ടാൽ അതിനകത്ത് ഹി ഉള്ളിൽ കയറി ശക്തിയുടെ ഉള്ളിൽ ശിവമുണ്ട് ഹീയിൽ ഷീല അപ്പോ അവസാനം ഭഗവാൻ രമണ ഭഗവാന്റെ അടുത്ത് ചോദിച്ചു ഭഗവാൻ ഇങ്ങനെയാണപ്പോ തീരുമാനം ഷിയുടെ ഉള്ളിൽ ഹീ ഉണ്ട് അപ്പൊ ഭഗവാൻ പറഞ്ഞു ശരിയാണ് ഒരു വിധത്തിൽ ശക്തിയുടെ ഉള്ളിൽ ശിവമണ്ഡം പക്ഷേ ഹീ തനിയെ നിൽക്കും ഷീ തനിയെ നിൽക്കില്ല എന്നാണ് ഹീ ഇത് കൂടാതെ നിൽക്കുന്നു അത് തനിയെ നിൽക്കില്ല ശിവശക്ത്യാുക്തോ യതിഭവതി ശക്ത പ്രഭവിത്തും എന്ന് വെച്ചാൽ ശിവനെ ചലിപ്പിക്കുന്ന ശക്തിയാണല്ലോ ആ ശക്തിയുടെ സാന്നിധ്യത്തിലാണ് എല്ലാ പ്രവൃത്തിയും നടക്കണത് നമ്മൾ സംസാരികളായി ലൗകികരായി വ്യവഹാരം ചെയ്യുമ്പോ നമ്മളൊക്കെ തന്നെ ശക്തിയുടെ മണ്ഡലത്തിന്റെ ഉള്ളിലാണ് ആ പ്ലെയിന്റെ ഉള്ളിലാണ് മായയുടെ ഫീൽഡിന്റെ ഉള്ളിലാണ് മായയുടെ ഫോഴ്സ് നമ്മൾ അധ്യാത്മത്തിലേക്ക് വരുമ്പോ ആ ഫോഴ്സ് മുഴുവൻ നമ്മളുടെ നേരെ തിരിയണതിന് ഒറ്റ പർപ്പസേ ഉള്ളൂ നമ്മളുടെ അഹങ്കാരത്തിനെ ചവച്ചു പൊടിച്ച് പൊടിപൊടിയാക്കുന്നവരെ ഇടിച്ചുകൊണ്ടേക്കും എപ്പോഴാണോ നമ്മൾക്ക് അഹങ്കൃതിയെ ഇല്ലെങ്കിൽ അവൾ എവിടെ കൊണ്ടിട്ടോ അവിടെ കിടക്കാൻ തയ്യാറാണെങ്കിൽ എങ്ങനെ വയ്ക്കണമോ അങ്ങനെ ഇരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മളുടെ വേൾഡിൽ ലൈഫ് ലൗകിക ജീവിതം അതില് നമുക്കൊരു സങ്കല്പമേ ഇല്ലെങ്കിൽ അഭിമാനമേ ഇല്ലെങ്കിൽ അഹങ്കാരമേ ഇല്ലെങ്കിൽ അവളുടെ കയ്യിൽ നമുക്ക് കുട്ടിയായിട്ട് തീരാൻ രാമകൃഷ്ണ പരമം സർ പോലെ അമ്മ യന്ത്രീ ഞാൻ യന്ത്രം അവൾ നടത്തിക്കുന്ന പോലെ ഞാൻ നടക്കുന്നു അവൾ പറയിക്കുന്ന പോലെ ഞാൻ പറയുന്നു അവൾ ചെയ്യിക്കുന്ന പോലെ ഞാൻ ചെയ്യുന്നു എന്റെ ഒന്നുമില്ല അവൾ എന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ത്രീ രൂപമൊക്കെ നമ്മളുടെ മുമ്പിൽ വരും അവൾ സ്ത്രീയുമാണ് പുരുഷനുമാണ് ശിവനുമാണ് ശക്തിയുമാണ് എല്ലാമാണ് അവൾ നമുക്ക് സ്ത്രീലിംഗത്തിൽ പറയണത് കൊണ്ട് ഭ്രമിച്ചു പോണ്ട സ്ത്രീ പുരുഷൻ ഒന്നുമുള്ള അർത്ഥത്തിലല്ല പറയണത് ഈശ്വരന്റെ ശക്തി ഈശ്വരനിൽ നിന്നും വ്യതിരിക്തമല്ലാത്തതായ ഈശ്വരന്റെ ശക്തി വിശേഷം ആ ശക്തി മണ്ഡലമാണ് പ്രകൃതി എന്ന് പറയണത് അതിനകത്തിരിക്കുമ്പോ ശക്തിയെ അംഗീകരിച്ചുകൊണ്ട് വേണിരിക്കാൻ ആ ശക്തിയെ അംഗീകരിക്കുമ്പോ അഭിമാനമില്ലാതെ അതിന് വഴങ്ങിക്കൊടുത്തുകൊണ്ടിരുന്നാൽ അവൾ മറുകര കൊണ്ട് എത്തിക്കും എന്നാണ് ഈ ജീവന് ഭോഗത്തിനുള്ള യോഗ ഭോഗം കൊടുക്കും അവസാനം വൈരാഗ്യം കൊടുക്കും അപവർഗപ്രദായിനിയാണ് ഇവന് ഭോഗത്തിന് യോഗ്യമില്ലെങ്കിൽ അവന് വൈരാഗ്യം ഡയറക്ടായിട്ട് കൊടുക്കും ജ്ഞാനം കൊടുക്കും ശിവജ്ഞാനപ്രദായിനി വായയെ ഞാൻ എന്റെ വിൽ പവർ കൊണ്ട് കടക്കാമെന്ന് പറഞ്ഞാൽ പക്വമാവുകയേയില്ല ഞെക്കിപ്പഴിപ്പിക്കാൻ പറ്റില്ല നൃത്തം ഞെക്കി പഴിപ്പിക്കാൻ ഒക്കില്ല മായയുടെ ഫീൽഡ് എന്താ ബാഹ്യലോകം ശരീരം മനസ്സ് ഇതൊക്കെ അവളുടെ മണ്ഡലമാണ് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ അവസ്ഥകളൊക്കെ അവളുടെ മണ്ഡലങ്ങളാണ് നമ്മളുടെ ഉള്ളിലുള്ള നാടി നരമ്പുകൾ ഇതൊക്കെ അവളുടെ മണ്ഡലങ്ങളാണ് അഹങ്കാരം അവളുടെ ബൈന്ദവസ്ഥാനമാണ് അവിടെ വെച്ചുകൊണ്ടാണ് അവൾ അഹങ്കാരൂപിണി ബൈന്ദവസ്ഥാന സെന്റർ എന്നർത്ഥം ബിന്ദു അവിടെ നിന്നുകൊണ്ടാണ് ബിന്ദുമണ്ഡല രൂപിണി അവിടെ നിന്നുകൊണ്ടാണ് ബാക്കിയുള്ളതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യണത് ഈഗോ ഇതാണ് സെന്റർ അവിടെ നിന്നും മനസ്സിന്റെ രൂപത്തിൽ നിൽക്കുന്നതും ആയാണ് അതുകൊണ്ട് നമ്മള് എന്റെ മനസ്സിൽ തോന്നുന്നു അതുകൊണ്ട് ഞാൻ ചെയ്യണം എന്റെ മനസ്സൊന്നും അല്ലാതെ അവളുടെ മനസ്സാണ് ഒരു സയന്റിസ്റ്റിന്റെ ഉള്ളില് ന്യൂക്ലിയർ ബോംബിന്റെ സീക്രട്ട് റിവീൽ ചെയ്യുന്നത് അവളാണ് ആ ശക്തിയാണ് ഒരു വലിയ കവിതാരചന ചെയ്യുന്ന ഒരു രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഉള്ളിൽ ലോകത്തിൽ ശാന്തി വരണമെന്ന് കവിത എഴുതുന്നവളും അവളാണ് ഒരു വശത്ത് യുദ്ധത്തിന് വേണ്ട കോപ്പ് കൂട്ടി വേറൊരു വശത്ത് ശാന്തിയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നവളും അവളാണ് എല്ലാം അവളുടെ രൂപമാണെന്ന് വരുമ്പോൾ വളരെ വിചിത്രമാണ് നമ്മൾക്കൊരു സമയത്ത് തത്വജിജ്ഞാസ വേണം സത്സംഗം വേണം ആത്മജ്ഞാനം വേണം എന്ന് തോന്നിപ്പിക്കുകയും അതിന് യോഗ സാധന ചെയ്യൂ അല്ലെങ്കിൽ ജപം ചെയ്യൂ അല്ലെങ്കിൽ പ്രാണായാമം ചെയ്യൂ ഉപനിഷത്ത് പഠിക്കൂ വേദാന്തം പഠിക്കൂ ഇന്ന് സാധന ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ ഉള്ളിൽ ഒരു സമയത്തൊരു സാധന തോന്നിപ്പിക്കുകയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ വിടുവിച്ച് വേറെ ഒന്ന് ചെയ്യിപ്പിക്കുകയും നമ്മൾക്കൊരു ഗുരുവിനെ കാണിച്ചു തരികയും നമ്മൾക്ക് ജ്ഞാനത്തിന് വഴി നിവൃത്തി ഉണ്ടാക്കി ഒക്കെ ചെയ്യുന്ന ശക്തി ആ മുക്തി ഹേതുഹു മഹാവരതാത്വം അഭ്യസ്യസേ സുനിയതേന്ദ്രിയ തത്വസാരൈഹി മോക്ഷാർത്ഥിഭിർ മുനിഭിരസ്തസമസ്ത ദോഷൈ വിദ്യാസിസ ഭഗവതീ പരമാഹിമായ അതും അവളാണ് ആ ശക്തിയെ നമ്മൾ അംഗീകരിച്ചു കഴിയുമ്പോൾ ശിവന്റെ തന്നെ രൂപമായ ആ ശക്തി ശിവനിൽ നിന്ന് അന്യമല്ലാത്തതായ ശക്തി ആത്മാവിൽ നിന്നും പുറപ്പെടുന്ന അത്ഭുതമായ ഒരു ഫോഴ്സ് ഉള്ളത് ിൽ അളത് ഇല അതിശയശക്തി ഭഗവാൻ രമണ ഭഗവാൻ അരുണാചല അഷ്ടകത്തിൽ പറഞ്ഞു ഉള്ളിലുള്ള കേവല നിർമ്മലക്ഷിത്തായ വസ്തുവിൽ നിന്നും അലത് ഇല അന്യമല്ലാത്തതായ ഒരു അതിശയശക്തി പുറപ്പെടുന്നു ഉളത് ഉനിൽ അളത് ഇല അതിശയ ശക്തി ആ ശക്തി തന്നെയാണ് മനസ്സിന്റെ രൂപം എടുത്തു കഴിയുമ്പോ സത്വഗുണമായിട്ടും രജോ ഗുണമായിട്ടും മാറണത് അതിനെയാണ് മായ എന്ന് പറയണത് മായ തന്നെയാണ് ഈശ്വരൻ ബ്രഹ്മത്തിന്റെ പേരല്ല ഈശ്വരൻ നമ്മൾ ഈശ്വരൻ എന്നൊക്കെ പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ മായയാണ് നമസ്കരിക്കണത് അതിന്റെ വിദ്യാരൂപത്തിലുള്ള മായയാണ് നമസ്കരിക്കണത് ബ്രഹ്മത്തിനെയല്ല കാരണം നമുക്ക് ഈശ്വരൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം കാരുണ്യം വേണം മാതൃത്വം വേണം നമ്മളെ സംരക്ഷിക്കണം നമ്മളുടെ നല്ല ആഗ്രഹങ്ങളെയൊക്കെ പൂർത്തിയാക്കി തരണം ചീത്ത ആഗ്രഹങ്ങൾ നമ്മൾ അറിയാതെ ആഗ്രഹിച്ചാലും നടത്തി തരാൻ പാടില്ല അല്ലെ നമ്മൾ ആഗ്രഹിക്കുക ഏടാ കൂടോക്കെ അതൊക്കെ സാധിച്ചു തരാൻ പാടില്ല നമുക്ക് ഹിതമായിട്ടുള്ളതൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ ചെയ്യാനൊരു ശക്തി ഉണ്ടോ എന്തുകൊണ്ട് ശക്തിയില്ല നിങ്ങൾ ജനിക്കുമ്പോ നിങ്ങൾക്കൊരു അച്ഛനും അമ്മയുണ്ട് ആ അച്ഛനും അമ്മയും നിങ്ങൾ ചോദിച്ചിട്ട് വന്നതല്ല അവരുടെ ഉള്ളിൽ ഈ അറിവൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ടുണ്ട് അപ്പൊ നിശ്ചയമായിട്ടും ഇത് വെറും റിഫ്ലക്ഷനാണ് ഇതിന്റെ ബിംബമായിട്ടുള്ള ഒരു ശക്തി പൂർവം ഉണ്ടാവണം മുഴുവൻ നിഴലാണ് അതിന്റെ ബിംബമാണ് നമ്മൾ പറയണമായ ഈശ്വരൻ ഒക്കെ ആ ഈശ്വരൻ അച്ഛനും ആണ് അമ്മയും ആണ് ഗതിർഭർത്ത പ്രഭുസാക്ഷി നിവാസ ശരണം സുഹൃ പ്രഭവ പ്രളയസ്ഥാനം നിദാനം ബീജം അവ്യയം ഗതിയാണ് ഭർത്താവാണ് പ്രഭുവാണ് സാക്ഷിയാണ് അമ്മയാണ് അച്ഛനാണ് സംരക്ഷണ ശക്തിയാണ് ജ്ഞാനശക്തിയാണ് ചിത്ശക്തിയാണ് എല്ലാമാണ് ഇതാണ് സഗുണ സഗുണമായ ദൈവം എന്നൊക്കെ പറയുമ്പോൾ സഗുണ ബ്രഹ്മം എന്ന് പറയുമ്പോൾ അതിന് ഇത്ര ഇത്ര ഇത്രയധികം ഡയമെൻഷൻസ് ഉണ്ട് വെറുതെ ഉപനിഷത്തിലെ നിർഗുണം നിരാകാരം എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല അനുഭവ മണ്ഡലത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആയിരമായിരം അമ്മമാരും ആയിരമായിരം അച്ഛന്മാരും ആയിരമായിരം ഏട്ടന്മാരും ഭർത്താക്കന്മാരും ഭാര്യന്മാരുടെ ഒക്കെ സോഴ്സായിട്ടുള്ള ഒരു മൂലവസ്തു എല്ലാ സത്വഗുണങ്ങളുടെയും മൂലവസ്തു അതേസമയം എല്ലാ രജോ ഗുണങ്ങളുടെയും മൂലവസ്തു അതിൽ നിന്നും എത്രയെത്ര വലിയ വലിയ കർമ്മ കർമ്മന്മാരെയും ഉണ്ടാക്കാൻ പറ്റും തമോഗുണത്തിന്റെയും മൂലവസ്തു എത്ര വലിയ ഹിറ്റ്ലറും ഇരണ്യകശിപും ഒക്കെ വെറും തുച്ഛം നീ വേണമെങ്കിൽ വിചാരിച്ചാൽ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും എല്ലാത്തിന്റെയും പിറപ്പെടമായ ശക്തിയെ സത്വഗുണരൂപത്തിൽ നമ്മൾ ഉപാസിക്കുമ്പോ ഈശ്വരൻ പറഞ്ഞ് ശരണാഗതി ചെയ്യണം അതാണ് ഭഗവാൻ ഇനി പറയണത് നോക്കാം അടുത്ത ശ്ലോകം ദൈവീയേഷാ ഗുണമയീ മമ മായാ മായാം തരത്തി വിഷ്ണോ സ്വഭാവഭൂത ഏഷ യഥോക്ത ഗുണമയീ മായ ദുഃഖേന അത്യ അതിക്രമണം യഹ സാ ദുരത്യയാ ഭഗവാന്റെ ശക്തിവിശേഷമായ ഈ മായ എളുപ്പത്തിലൊന്നും കടന്നു പോവാൻ സാധിക്കാത്തവളാണ് എന്നുവെച്ചാൽ കടന്നു പോകണമെന്നുള്ള ഐഡിയ തന്നെ ഒരു വിഭ്രാന്തിയാണെന്നർത്ഥം എവിടെ കിടക്കും അല്ലെ സ്വപ്നത്തിലുള്ളപ്പോ നമുക്ക് ചിലപ്പോ തോന്നും സ്വപ്നത്തിൽ ഇങ്ങനെ നടക്കുന്നു നടക്കുന്നു എത്തുന്നേ ഇല്ല ഏതോ മലയുടെ വീഴാൻ പോകുന്ന പോലെ അവിടെ എന്തോ ഒരു വള്ളിയിൽ പിടിക്കാൻ പോകുന്നു പിടി കിട്ടണില്ല ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നു കിട്ടണില്ല ആരെങ്കിലും വന്ന് രക്ഷിക്കുവോ ടെൻഷൻ ചിലർക്ക് പരീക്ഷ സ്വപ്നമാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എപ്പോഴും പരീക്ഷ വരുന്ന പോലെ സ്വപ്നം കാണും ഞാൻ വരികയില്ല ആ പരീക്ഷ ഇതുവരെ വന്നിട്ടില്ല അതിനു മുമ്പ് എഴുന്നേക്ക സ്കൂൾ പഠിക്കുന്നവർക്കൊക്കെ അതൊരു പേടി സ്വപ്നമാണ് പരീക്ഷ ഇപ്പൊ പരീക്ഷ വരും ആ പരീക്ഷ എഴുതി ജയിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ജയിക്കണോ ഒന്നുമില്ല അത് പോയി അതുപോലെ ഈ മായ ദുരത്യ അതിനെ കടക്ക എന്ന് പറയണത് അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടെന്ന് എന്റെ അടുത്ത് ആര് പറഞ്ഞു എന്നാണ് ദൈവീഹ്യേഷ ഗുണമയി അവൾ ഗുണമയിണ് സത്വ രജസ് തമസ് എന്നുള്ള മൂന്ന് ഗുണങ്ങളോടും ൂടിയവളാണ് സർവ ആ ഗുണമയായമായ ദുരത്യ അവളെ എളുപ്പത്തിലൊന്നും കടന്നു പോവാൻ സാധിക്കില്ല ഭഗവാൻ നാരായണനും നാരദ മഹർഷിയും കൂടെ ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാണ് നല്ല വെയിൽ പ്രസിദ്ധമായ കഥയാണെന്ന് അപ്പൊ നാരദൻ നാരായണനോട് ചോദിച്ചു ഈ മായ എന്താണെന്ന് ചോദിച്ചു ഭഗവാൻ പറഞ്ഞു എന്തിനാ നാരദ ഈ മായയൊക്കെ അറിയാൻ ശ്രമിക്കുന്നത് ബ്രഹ്മത്തിനെ അറിഞ്ഞാൽ മതി അല്ല ഭഗവാനെ എനിക്ക് മായ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ശരി പിന്നെ പറഞ്ഞു തരാം തോന്നുന്നു പിന്നെ നടന്നു കുറച്ചു ദൂരം പോയിട്ട് എനിക്ക് ഇത്തിരി വെള്ളം താഴ്ക്കണു വെള്ളം കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു അതിനെന്താ കൊണ്ടുവന്ന് തരമല്ലോ ഭഗവാനെ ഇങ്ങനെ നടന്നു കുറേ ദൂരം നടന്നുപോയി കുറച്ചു ദൂരം ചെന്നപ്പോ ഒരു കുടിയിൽ കണ്ടു അവിടെ വാതിൽ തട്ടി അപ്പൊ ഒരു പെൺകുട്ടി വന്നു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു പെൺകുട്ടിയെ കണ്ടതും നാരദന് തോന്നി ഇവിടെ കല്യാണം കഴിച്ചാലോ നല്ല സുന്ദരിയായിട്ടിരിക്കണമെന്ന് തോന്നി അവൾ ഗ്ലാസിൽ വെള്ളം കൊണ്ടു കൊടുത്തതും വെള്ളം വാങ്ങിച്ചു കുടിച്ചിട്ട് നാരദൻ അവിടെ തന്നെ നിന്നു അവളുടെ അച്ഛൻ വന്നതും നാരദനെ കണ്ടപ്പോ നിങ്ങൾ വിവാഹിതനാണോ എന്ന് ചോദിച്ചു അല്ല എന്ന് തോന്നുന്നു എന്റെ മകളെ കല്യാണം കഴിച്ചു തരാമെന്ന് തോന്നും അവളെ കല്യാണം കഴിച്ചു കല്യാണം കഴിച്ച് തന്നെ താമസമാക്കി അവര് എന്ത് പണി ചെയ്യണു ആ പണിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു അവരുടെ പണിയൊക്കെ ചെയ്തു നാരദൻ അതിൽ എട്ട് കുട്ടികളുണ്ടായി ഓരോ കുട്ടികളെയായി പഠിപ്പിക്കലും പല കാര്യങ്ങളുമൊക്കെ അനേക വർഷങ്ങളുമായി അങ്ങനെ ഇരിക്കുമ്പോ വലിയൊരു വെള്ളപ്പൊക്കം വന്നു വെള്ളപ്പൊക്കത്തിൽ എങ്ങനാ പോവാന്നറിയാതെ കുട്ടികളെയൊക്കെ പിടിച്ച് നാരദനും ഭാര്യയും എട്ടു കുട്ടികളുമായിട്ട് വെള്ളത്തിൽ നീന്തി എട്ടിൽ ഓരോന്നായി കൈവിട്ടു പോകണം കുട്ടികള് ഇതിനെ പിടിക്കുമ്പോഴേക്കും അത് പോവും അതിനെ പിടിക്കുമ്പോഴേക്കും ഇത് പോവും അവസാന എട്ട് കുട്ടികളും മരിച്ചു ഭാര്യയും മരിച്ചു വെള്ളപ്പൊക്കത്തുനിന്ന് ഒരുവിധം രക്ഷപ്പെട്ട് തലയ്ക്ക് കൈവെച്ച നാരതൻ ഇങ്ങനെ ഒരു തലയിലെഴുത്ത് എനിക്ക് എന്താ ഗതി ഭഗവാനെ എന്നെ ആര് രക്ഷിക്കും ഈ സംസാരത്തുനിന്ന് എങ്ങനെ പുറത്തു പോവും തന്റെ പൂർവം ഒന്നും ഓർമ്മയില്ല ഇനി ഇരിക്കുമ്പോ ആരോ തട്ടി വിളിച്ചു നോക്കുമ്പോ എവിടെ വെള്ളം വെള്ളം കൊണ്ടുവരാൻ പോയിട്ട് എവിടെ അഞ്ചു മിനിറ്റേ ആയിട്ടുള്ളൂ എന്നാണ് ഈ അഞ്ചു മിനിറ്റിന്റെ ഉള്ളിൽ ഇത്രയധികം കണ്ടു അപ്പൊ ഭഗവാൻ പറഞ്ഞ നാടുതരെ ഇതടമായ യോഗവാസ ഇഷ്ടത്തിൽ ഇതിനേക്കാളും ഗംഭീരായ ഒരു കഥയുണ്ട് ഗാധി എന്ന് ഒരു തപസ്വി ആ തപസ്വി ഗംഗയിൽ തപസ് ചെയ്യാണ് തപസ് എന്ന് പറഞ്ഞാൽ ഉഗ്രതപസ് കഴുത്തിന് വെള്ളത്തിൽ നിന്ന് ജപം ചെയ്യാം അപ്പോ വിഷ്ണു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുവിനോട് ഗാദി ഭഗവാനെ സ്തുതിച്ചു സ്തുതി നമസ്കാരാദികളൊക്കെ കഴിഞ്ഞ് ഭഗവാൻ ചോദിച്ചു തനിക്കെന്താ വരവാ വേണ്ട ഗാദി പറഞ്ഞു ഭഗവാനെ എനിക്ക് മായ എന്താണെന്ന് അറിയണം വിഷ്ണു പറഞ്ഞു ഗാദി എന്തിനാ ഈ മായയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നത് ജ്ഞാനവും ഭക്തിയും കൊണ്ട് വിമുക്തമാകുകയാണ് വേണ്ടത് അല്ലാതെ ഈ മായ എന്ന് വെളിയിൽ വരണതിന് പകരം അതിനെന്തിനാണ് മനസ്സിലാക്കണം അല്ല ഭഗവാനെ അതെന്താണെന്ന് പറഞ്ഞു തരോ അത് നിനക്ക് കാലത്തിൽ അറിയപ്പെടും സമയാവുമ്പോൾ മനസ്സിലാവും എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞുപോയി അപ്പൊ ഗാദി ഇത്തിരി ഞാൻ ഇത്രയൊക്കെ തപസ് ചെയ്ത് മായയുടെ സ്വരൂപം എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചു സാധിച്ചില്ല പിന്നെയും തന്റെ തപസ് തുടർന്നു കുറച്ചു ദിവസം ആ ഗംഗയാ ഗംഗാതീരത്തിൽ താമസാക്കി കുറെ കഴിഞ്ഞപ്പോ ഖാദിക്ക് വാർദ്ധയ്ക്കായി വയ്യായി തനിച്ചൊക്കെ ഇരുന്നു നോക്കി സാധിക്കണില്ല എന്ന് കണ്ടപ്പോ തിരിച്ച് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വരാൻ അയാളുടെ മക്കളൊക്കെ ചെന്ന് കൂട്ടിക്കൊണ്ടുവന്നു വീട്ടിൽ വന്ന് താമസാക്കി മക്കളൊക്കെ നല്ലവണ്ണം അച്ഛനെ പരിചരണം ചെയ്തു മക്കള് പേരക്കുട്ടികളൊക്കെ ആയിട്ട് കുടുംബത്തിൽ പരിചരണമൊക്കെ ആയിട്ട് കഴിഞ്ഞു കുറെ കഴിഞ്ഞ് വാർദ്ധക്യം ബാധിച്ചു സൂക്കേട് കലശലായി കടപ്പായി അങ്ങനെ ഇരിക്കുമ്പോ തെരുവ് കൂടെ ഒരു ചണ്ടാളൻ പാട്ടുപാടിപ്പോണത് കണ്ടു കണ്ടപ്പോ ഗാദിക്ക് തോന്നി ഇങ്ങനെ ജീവിതം ഒരു സംസ്കാരമില്ലാതെ എന്നൊക്കെ വിചാരിച്ചു ഇതുപോലെ ജീവിതം എനിക്ക് ഞാൻ എന്ത് ചെയ്യും ഭഗവാൻ എന്ന് വിചാരിച്ച് ആ ചണ്ടാളനെ വിചാരിച്ചുകൊണ്ട് തന്നെ ശരീരമുട്ടു അപ്പൊ അടുത്ത ജന്മം കീരമണ്ഡലം എന്ന് പറയുന്ന ഒരു ദേശത്ത് പോയി ഒരു ചണ്ടാളനായിട്ട് ജനിച്ചു ചണ്ടാളക്കുലത്തില് ജനിച്ചു ജനിച്ച് കുറെ അവിടെ വളർന്ന് ചണ്ടാളന്മാർക്കിടയിലുള്ള ഒരു വലിയ സംഗീതജ്ഞനായിട്ട് ഒറ്റക്കമ്പി വാ വാദ്യം ഒരു ഒറ്റക്കമ്പിയുള്ള ഒരു വീണം അത് വാദനം ചെയ്ത് നാട്ടും പുറത്തുള്ള പാട്ടുകളൊക്കെ പാടി നടക്കുന്ന ഒരു കലാകാരനായിട്ട് മാറി അവരുടെ നടുവിൽ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു അവിടെ കുറെ കുട്ടികളായി കുറെ കാലം അങ്ങനെ താമസിച്ചു ഇതേപോലെ തന്നെ ദുർഭിക്ഷ ഉണ്ടായി അതിലുണ്ടായിരുന്ന രണ്ടു മൂന്ന് മക്കളും മരിച്ചു ഭാര്യയും മരിച്ചു വല്ലാത്ത ആ കീരമണ്ഡലം അല്ല ആ ചണ്ടാള ഹൂണന്മാരുടെ ദേശത്തുനിന്ന് പുറപ്പെട്ട് അങ്ങനെ യാത്രയായി അങ്ങനെ കുറേ യാത്ര ചെയ്ത് കീരമണ്ഡലം എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ചെന്നെത്തി അവിടെ ചെന്നപ്പോ അവിടെ ഒരു ആന അങ്ങനെ തെരുവിലിറങ്ങി വരികയാണ് വാദ്യഘോഷങ്ങളോടുകൂടെ ആ നാട്ടിലെ രാജാവ് മരിച്ചു പുതിയ രാജാവിനെ കണ്ടെത്താനായി ആനയെ പൂജിച്ച് ആനയുടെ തുമ്പിക്കൈയിൽ ഒരു മാലയും കൊടുത്തു വിട്ടിരിക്കുകയാണ് ആന ആരുടെ കഴുത്തിൽ ഈ മാലയിടുന്നു ആ ഒരു ീ ആനയും മാലയും കൊണ്ട് ഇങ്ങനെ തെരുവിൽ നടന്നു ഈ കടഞ്ചകൻ എന്ന ചണ്ടാളൻ ഈ ജന്മത്തിൽ കടഞ്ചകൻ എന്നാണ് പേര് ഈ കടഞ്ചകന്റെ കഴുത്തിലെ മാല കൊണ്ടുവന്നിടും ക്ഷത്രിയന് മാത്രമേ രാജാവാകാൻ അധികാരമുള്ളൂ ഇയാൾ ക്ഷത്രിയനല്ലെന്ന് അവർക്കും അറിയില്ല ക്ഷത്രിയനാണെന്ന് തന്നെ കൂട്ടി കണ്ടിട്ടൊന്നും തോന്നില്ല അപ്പോ ഇയാളെ രാജാവാക്കി ഇയാളുടെ ചുവട്ടൽ വലിയൊരു മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കി മന്ത്രിമാർക്കൊക്കെ വേണ്ട ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു അദ്ദേഹം ഏതോപൂർവ സംസ്കാരം കൊണ്ട് രാജ്യഭരണത്തിന്റെ തന്ത്രങ്ങളൊക്കെ എളുപ്പത്തിന് പഠിച്ചെടുത്തു അവിടെ വീണ്ടും വിവാഹിതനായി റാണിമാരും ഒക്കെ ആയി രാജാവായി രാജ്യഭരണമൊക്കെ ഭംഗിയായിട്ട് ചെയ്തു എട്ട് വർഷം അങ്ങനെ എട്ട് വർഷം കഴിഞ്ഞു ഒരു ദിവസം രാജാവ് പൂന്തോട്ടത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ചണ്ടാളൻ ഒറ്റക്കമ്പി വീണ വായിച്ച് പാടുന്നത് കേട്ടു അപ്പൊ പൂർവവാസന രാജാവാണെന്നുള്ളതൊക്കെ മറന്നയാളുടെ കൂടെ ചെന്നിരുന്ന് പാടാൻ തുടങ്ങി നാട്ടുകാര് ഇത് കണ്ടു അയ്യയ്യേ നമ്മളുടെ രാജാവിന്റെ പൂർവവൃത്താന്തൊന്നും നമ്മൾ അന്വേഷിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് മനസ്സിലാക്കി ഇദ്ദേഹം ഹൂണദേശത്തിലെ ചണ്ടാളനാണെന്ന് മനസ്സിലാക്കി ജനങ്ങൾക്കൊക്കെ വലിയ ക്ഷത്രിയനല്ല എന്ന് അറിഞ്ഞതോടുകൂടി ജനങ്ങൾ പല ആളുകളും അഗ്നിയിൽ ചാടി മരിച്ചു എന്നാണ് റാണിമാര് പലരും അഗ്നിയിൽ ചാടി ഇതൊക്കെ കഴിഞ്ഞ് മന്ത്രിമാരൊക്കെ അഗ്നിയിൽ ചാടി മരിച്ചു കുറേ ബ്രാഹ്മണര് പ്രായശ്ചിത്വത്തിനായി ചാന്ദ്രായണ വ്രതം അനുഷ്ഠിക്കാനായിട്ട് കാശിയിലേക്ക് പോയി ഇതൊക്കെ ഇദ്ദേഹത്തിന് കാശിയിലേക്ക് പോയവർ ഇതൊക്കെ കഴിഞ്ഞ് രാജാവിനും അല്ലാത്ത വിഷമായി ഞാനിങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞാൻ ഇന്ന ആളാണെന്നൊന്നും പറയാതെ രാജ്യമേറ്റുമല്ലോ എന്നെ കാരണമാണല്ലോ ഇതൊക്കെ സംഭവിച്ചത് ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് പറഞ്ഞ് രാജാവ് ഈ കടഞ്ചകൻ തീലിക്ക് അങ്ങോട്ട് ചാടി തീലി ചാടിയതും ഒരു ക്ഷണ നേരത്തേക്ക് ഒന്ന് ഞെട്ടിയിട്ട് നോക്കുമ്പോ ഗാദി കഴുത്തിന് വെള്ളത്തിൽ ഗംഗയിൽ നിൽക്കുകയാണ് മഹാവിഷ്ണു അപ്രത്യക്ഷമായിട്ട് ഒരു മിനിറ്റേ ആയിട്ടുള്ളൂ അതിന്റെ ഇടയിലാണ് കൊറേ കാലം കാട്ടിലുള്ള വാസവും വാനപ്രസ്ഥം അവസാനിപ്പിക്കലും വീട്ടിലേക്ക് പോകലും സൂക്കേട് പിടിക്കലും മരിക്കലും അടുത്ത ജന്മം ചണ്ടാളനായിട്ട് ജനിക്കലും അവിടെ കുറച്ചു കാലം വസിക്കലും പിന്നെ അവിടെ ഒക്കെ തന്നെ ദുർഭിക്ഷ ആയിട്ട് അവിടുന്ന് പോയി കീരമണ്ഡലത്തിൽ പോയി രാജാവായതും അവിടുന്ന് ചാവാൻ പുറപ്പെടുന്നതും വരെ ഒരു മിനിറ്റില് നടന്നു അപ്പൊ ഗംഗയിൽ കഴുത്തിന് വെള്ളത്തിൽ നിൽക്കുന്ന ഗാദി തീരുമാനിച്ചു ഭഗവാനെ മനസ്സിനെ ചഞ്ചലപ്പെടുത്തിയാൽ ഒരു ക്ഷണനേരത്തിൽ എത്ര വലിയൊരു സ്വപ്നമാണ് ഞാൻ കണ്ടത് ഒരു ക്ഷണനേരത്തിൽ വലിയൊരു സ്വപ്നം എന്റെ ഉള്ളിൽ കടന്നുപോയി ഇനി ഞാൻ മനസ്സിനെ ചലിക്കാൻ അനുവദിക്കില്ല എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിനെ ഞാൻ നിശ്ചലമാക്കുമെന്ന് തീരുമാനിച്ച് സമാധി അഭ്യസിക്കാൻ നിശ്ചയിച്ച് ഗംഗയിൽ നിന്നും കരയ്ക്ക് കയറി കുടിൽ വന്നിരുന്ന സമാധിസ്ഥനാവുമ്പോ ആരോ കനയ്ക്കുന്നത് കേട്ടു എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോ ഒരു അതിഥി വന്നിരിക്കുകയാണ് ഒരു മെലിഞ്ഞുണങ്ങിയ ഒരു ബ്രാഹ്മണൻ പിടിച്ചിരുത്തി കാല് വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഭക്ഷണം കൊടുത്തു എല്ലാം കഴിഞ്ഞ് കുശലപ്രശ്നം നടത്തുമ്പോ ഗാദി ചോദിച്ചു അങ്ങ് എവിടുന്നാ വരണത്തോടെ ചോദിച്ചു കാശി എന്ന് കാശിയാണോ അവിടുത്തെ വാസം അല്ല ഞാൻ കീരമണ്ഡലം എന്ന് പറയുന്ന രാജ്യത്തെ ബ്രാഹ്മണനാണ് അവിടെ ഞങ്ങൾക്കൊരു രാജാവുണ്ടായിരുന്നു കുറെ കാലം കഴിഞ്ഞിട്ട് അദ്ദേഹം ചണ്ടാളനാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ ചാന്ദ്രായണ വ്രത അനുഷ്ഠിക്കാൻ കാശിക്ക് പോയിട്ട് വരികയാണ് ഞാൻ ഗാദിക്ക് തലയും കാലും പിടികിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു മിനിറ്റിൽ കണ്ട സ്വപ്നം ഇദ്ദേഹം ഫിസിക്കലി വന്ന് റിപ്പോർട്ട് ചെയ്യാണ് ഒരു മിനിറ്റ് മുമ്പ് താൻ ഉള്ളില് കണ്ട സ്വപ്നമാണെന്ന് താൻ ധരിച്ച കാര്യം ഇദ്ദേഹം െളിയിൽ വന്നിട്ട് തന്റെ അനുഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യാണ് ഇപ്പൊ താൻ കണ്ടത് സ്വപ്നമോ ഇയാള് പറയണത് ശരിയോ ഇപ്പൊ സ്വപ്നമോ ഏറെ സ്വപ്നം പിടിക്കിട്ടില്ല ആ ബ്രാഹ്മണന്റെ കൂടെ പിന്നെയും ബ്രഹ്മം നോക്കൂ പോയി അന്വേഷിച്ചു കൂണദേശത്ത് പോയാൽ അങ്ങനെ ഒരു ചണ്ടാളം താമസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കുടുംബം ഉണ്ടായിരുന്നുണ്ട് അവിടെ ദുർഭിക്ഷ വന്നുണ്ട് അവരൊക്കെ മരിച്ചിട്ടുണ്ട് കുറെ കഴിഞ്ഞ് കുറച്ചു ദൂരം പോയി കീരമണ്ഡലത്തിൽ അങ്ങനെ ഒരു രാജാവുണ്ടായിരുന്നുണ്ട് കീരമണ്ഡലം എന്നൊരു ദേശമുണ്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെയായിരുന്നു അവിടുത്തെ ജനങ്ങൾ കുറെ പേര് മരിച്ചു ഇതൊക്കെ ഫാക്ടാണ് താനിവിടെ ഉണ്ട് താനും പഴയപടി അപ്പൊ വീണ്ടും വിഷ്ണുവിനെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ചോദിച്ചു ഭഗവാനെ ഇതിലെ ഏതാ ഉണ്മ ഭഗവാൻ പറഞ്ഞു ഇതാണ് ഗാദി മായ മായ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് എന്ന് അർത്ഥം എ നയന വിരുദ്ധത എന്റെ ലോജിക്കും റീസണും ഒന്നും അവിടെ ചെലവാവില്ല പൂർവാപര ബന്ധമില്ലാത്തവളാണവൾ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ ഒന്നും അവൾക്കില്ല ടൈം സ്പേസ് ഒന്നും അവൾക്കില്ല ഭഗവാൻ രമണ മഹർഷിയോട് ടോക്സിൽ ഒരിടത്ത് ചോദിക്കുന്നുണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ രണ്ടു വർഷത്തിനുള്ളിൽ വേറെ ഒരിടത്ത് പോയി ജനിച്ചിട്ടുണ്ടാവുമെന്നാണ് ഈ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾ ആകെപ്പാടെ കൺഫ്യൂസ്ഡാവും അയാൾ ഒരാള് മരിച്ച് രണ്ടു വർഷത്തിനകം മറ്റൊരു സ്ഥലത്ത് പോയി ജനിച്ചിട്ടുണ്ടാവും അതിന് രമണ ഭഗവാൻ പറഞ്ഞ ഉത്തരം ജനിച്ചിട്ടുണ്ടാവും ജനിച്ചിട്ടുണ്ടാവാം മാത്രല്ല ചിലപ്പോ പത്ത് എഴുപത്തഞ്ചു വയസ്സുമായിട്ടുണ്ടാവും എന്നാണ് engalukku manasilaakum inge ariyum when you see this contradictions you know that your brain is a petty instrument which can never fathom the depth of truth അപ്പോഴാണ് ബുദ്ധിയുടെ പരിഛിന്നത പരിമി പരിമിതി ലിമിറ്റേഷൻ നമുക്ക് മനസ്സിലാവാം ഇത് കണ്ടു കഴിയുമ്പോ ബുദ്ധി നിശ്ചലമാവും ഇന്ന് പാരാസൈക്കോളജിയിലൊക്കെ അവർക്ക് വലിയ പ്രശ്നം അതാണ് പൂർവജന്മം പോലെയൊക്കെ ചിലതൊക്കെ കണ്ടെത്തുവരും ഒരു കുട്ടി പറയും എന്റെ പൂർവജന്മത്തിലെ മക്കൾ ഇന്ന സ്ഥലത്തുണ്ടെന്ന് പറയും ഒരുപാട് അങ്ങനെ കേസസ് കണ്ടെത്തിക്കഴിഞ്ഞു വരും ആ കുട്ടിയും കൂട്ടിക്കൊണ്ട് ആ സ്ഥലത്ത് പോയാൽ എല്ലാം കറക്റ്റ് ആയിരിക്കും മകന്റെ പേര് മരുമകന്റെ പേര് പേരക്കുട്ടിയുടെ പേരൊക്കെ പറയും ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സായിട്ടുള്ളൂ ഒരു അലമാറ തുറക്കും അതിൽ ഇന്ന സ്ഥലത്ത് ഇന്നത് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ പറയും ഇങ്ങനെയൊക്കെ ഒരുപാട് അപൂർവം റയർ എക്സെപ്ഷണൽ കേസസ് കണ്ടെത്തണ്ട് പക്ഷെ ഇവർക്ക് അവസാനം കോൺട്രഡിക്ഷൻ എവിടെയാ വരണത് എന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ഒമ്പത് വയസ്സായിട്ടുണ്ടാവും ആ മരിച്ച അമ്മയോ അച്ഛനോ ഒരു വർഷം മുമ്പ് രണ്ടു വർഷം മുമ്പ് മരിച്ചതായിരിക്കും അപ്പൊ പറയേ ഇത് വേറെ എന്തോ കേസാണ് ഇതിനും അതിനും കണക്ഷൻ ഇല്ല നമ്മൾ ഈ ചെറിയ പരിമിതമായ ബുദ്ധിയെ വെച്ചുകൊണ്ടാണ് അപരിമിതമായ സത്യത്തിന്റെ മണ്ഡലത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ നമ്മൾ വിഡ്ഢികളാവും വിവേകാനന്ദ സ്വാമിയോ പറയുന്നു ഗോഡ് ദ ഇൻഫിനിറ്റ് ഹീസ് ബ്രെയിൻലെസ് ഹി ഹാസ് യു ലിറ്റിൽ ലിറ്റിൽ ബ്രെയിൻസ് വിത്ത് വിച്ച് യു ആർ ഡെലൂഡ് ചെറിയ ബുദ്ധി തന്നിട്ട് നമ്മളെ കളിക്കാൻ വിടുകയാണേ നമ്മളിതുകൊണ്ട് ഇങ്ങനെ നടത്തുക ഒരു സിദ്ധൻ പാവമവൽക്കുന്ന ആളായിട്ട് വന്നു ഒരു തെരുവിൽ ഒരു വലിയ ബുദ്ധിശാലി അയാളെ നാട് നന്നാക്കുന്നള്ള പല ധർമ്മശാസ്ത്രങ്ങളൊക്കെ പറയുന്ന ആളാണ് അയാളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പല കളിപ്പാട്ടങ്ങളും കുട്ടികൾക്കുള്ളതൊക്കെ പ്രദർശിപ്പിച്ചു അതിൽ അയാളുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു കളിപ്പാട്ടം അതെന്താന്ന് വെച്ചാൽ അതിൽ കുറേ ദ്വാരമുണ്ട് കുറെ ബോൾസുണ്ട് ഈ ബോൾസ് ഇങ്ങനെ ചുറ്റി ചുറ്റി ആ ദ്വാരത്തിലിടണം ഇതാണ് കളിപ്പാട്ടം പക്ഷെ അതിലെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദ്വാരം ചെറുതും ബോൾ വലുതുവാണ് കുട്ടിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ അവരുടെ അച്ഛൻ ഞാൻ ആദ്യം ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് കുറേ നേരം ആ ദ്വാരത്തിനുള്ളിൽ അദ്ദേഹം ഇടാൻ എന്തെങ്കിലും വഴി ഉണ്ടാവണമല്ലോ എന്തൊക്കെയോ വഴിയിൽ നോക്കി സാധിക്കണില്ല അവസാനം ഈ പാവം ആളോട് ചോദിച്ചു വിടൂ കുട്ടികൾക്ക് സാധനം ഇത്രയധികം കോംപ്ലക്സ് ആയാ എങ്ങനെ ഇത്രയും ബുദ്ധിശാലിയായ എനിക്ക് തന്നെ ഈ ദ്വാരത്തിനുള്ളിൽ ഈ ബോൾ ഇടാൻ പറ്റണില്ല ഈ കുട്ടിക്ക് എങ്ങനെ സാധിക്കും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാനിത് വിറ്റു എന്നല്ലാതെ ചെറിയ ദ്വാരത്തിൽ വലിയ ബോൾ ഇടാൻ പറ്റും ഞാൻ പറഞ്ഞു നിങ്ങളായിട്ട് കണക്കാക്കിയതൊരു വഴി ഉണ്ടാവണം ഇത് നിങ്ങളായിട്ട് കണക്കാക്കിയതാ ഞാനൊന്നും പറഞ്ഞില്ല എന്നിട്ടും നനക്കിട്ടു ഇത് മനസ്സിലാക്കലാണ് ഈ കളിപ്പാട്ടത്തിന്റെ പ്രയോജനം ഇതുപോലെ ലോകത്തിലെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ പരിഹരിക്കാൻ പറ്റും ധരിക്കുന്നത് ഇതുപോലെയാണ് മായ എന്ന് പറഞ്ഞാൽ എന്നയേന വിരുദ്ധത അതിനെ പരിഹരിക്കാൻ പോവരുത് അതിനെ കണ്ടെത്താൻ ശ്രമിക്കരുത് അതിന്റെ മൂലാന്വേഷണം ചെയ്യരുത് ഒന്നും അറിയാനിവിടെയില്ല ജിജ്ഞാസ നിവൃത്തി ജിഹാസ നിവൃത്തി പ്രേപ്സ നിവൃത്തി ചികിത്സ നിവൃത്തി സങ്കൽപ്പ നിവൃത്തി ഭയനിവൃത്തി അറിയണം എന്നുള്ള ആഗ്രഹം തന്നെ ശമിച്ചു പോവാണ് അതൊരു ഡിസ്റ്റർബൻസ് ആണ് പ്രാപിക്കണമെന്നുള്ളതൊരു ഡിസ്റ്റർബൻസ് ആണ് നമ്മളുടെ ഉള്ളിലുള്ള പൂർണ്ണതയിലെ എന്തോ ഒരു വൈകല്യം വരുമ്പോഴാണ് പുറമേക്കുള്ള ഈ ഒരു ചലനം തന്നെ ഉണ്ടാവണത് അപ്പൊ മായ ഗുണമയീ മായ ഭഗവാൻ പറഞ്ഞു ദൈവീഹ്യേഷാ ഗുണമയ മായ ദൈവി എന്ന് വെച്ചാൽ ഈശ്വരന്റെ ശക്തി വിശേഷം ഗുണമയീ സത്വരജസ്തമോ ഗുണങ്ങൾ കൊണ്ട് നിങ്ങളെ ഭ്രമിപ്പിക്കുന്നതായി ശക്തി എന്ന് വെച്ചാൽ ശക്തി തന്നെയാണ് നിങ്ങളുടെ ശരീരവും ബുദ്ധിയും മനസ്സും അതുകൊണ്ട് തന്നെ മാമേവയെ പ്രപദ്യ മായാമേതാം തരന്തിതേ ആരായതിനപ്പുറം പോവുക ആര് പരിപൂർണമായിട്ടും ഇതിനെ ശരണാഗതി ചെയ്യുന്നു എന്നുവെച്ചാൽ ഈ മായയുടെ കയ്യിൽ കൊച്ചുകുട്ടിയായിട്ട് തീരുന്നു യന്ത്രമായിട്ട് തീരുന്നു ഈശ്വരന് ശരണാഗതി ചെയ്യുന്നു പ്രപത്തി ചെയ്യുന്നു അൺകണ്ടീഷണൽ സറണ്ടർ ആ ശരണാഗതി ചെയ്യുന്നു അവര് തേഷാം അഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭമി ആരാണോ എനിക്ക് ശരണാഗതി ചെയ്ത് എന്റെ ശക്തിയെ അറിഞ്ഞ് എനിക്ക് അടങ്ങി തരുന്നത് എനിക്ക് എന്നൊക്കെ ഇവിടെ ഭഗവാൻ പറഞ്ഞത് മായക്ക് ഭഗവാൻ മായയാണവിടെ മായാരൂപിയായ എനിക്ക് മായാം തു വിദ്ധി മായിനം തു എന്നാണ് ഉപനിഷദ് വാക്യം മായ പ്രകൃതിയും മായയുടെ നിയന്താവാ നിയന്താവ് ഈശ്വരനും നിയന്താവ് എവിടെയിരിക്കണു ഹൃദയത്തില് ഗീതയുടെ അവസാന വാക്കാണ് ഈശ്വര സർവൂ ഹൃദ്ദേശേ അർജുന തിഷത്തി ഭ്രാമയൻ സർവൂ യന്ത്രാരൂഢാ മായ തമേവ ശരണം ഗഭാവന ഭാരത തത് പ്രസാദാതിഥാനം പ്രാപ്സി ശാശ്വതം ഉള്ളില് മോട്ടോർ ഡ്രൈവർ പോലെ ഇരുന്നു ഗുണമയായ മായയെ തൻ്റെ പവറാക്കി വെച്ചുകൊണ്ട് ഉള്ളിൽ തോന്നലുകളും വെളിയിൽ വസ്തുക്കളും ഉള്ളിൽ വികാരവും വെളിയിൽ വ്യക്തികളും ഉള്ളിൽ ആഗ്രഹവും വെളിയിൽ കർമ്മവും ഉള്ളിയിൽ ഉള്ളിൽ ഭോക്താവും വെളിയിൽ ബോധ്യവും ഉള്ളിൽ കർത്താവും വെളിയിൽ കൃത്യവും ഉള്ളില് ദ്രഷ്ടാവും വെളിയിൽ ദൃശ്യവും ഒക്കെയായി മാറി ഒരു കളി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ ആ ഈശ്വരനോട് വിരോധമൊന്നും വയ്ക്കാതെ അടങ്ങിക്കൊടുക്കാം മഹാബലി പറയാണ് ഭാഗവതത്തിൽ എതിർക്കരുത് എന്നാണ് അസുരന്മാരോട് പറയാണ് അദ്ദേഹം ഒന്ന് ചോദിക്കുമ്പോ എതിർത്തിട്ട് കാര്യേയില്ല എതിർക്കരുത് കാരണം എന്താ എന്ന് വെച്ചാൽ ആരാണോ നമുക്ക് തന്നത് അയാളാണ് എടുക്കാമെന്നിരിക്കുന്നത് അദ്ദേഹം തരുമ്പോ വേണ്ട നമ്മൾ ആരും പറഞ്ഞില്ലല്ലോ അപ്പൊ എടുക്കാൻ വരുമ്പോ മാത്രം വേണ്ട എന്ന് പറയാൻ നമുക്ക് എന്താ അധികാരം അതുകൊണ്ട് തരുമ്പൊക്കെ കൈനീട്ടി വാങ്ങിച്ചു എടുക്കുമ്പോഴും കൊടുക്കഭു സർവഭൂതാനാം സുഖദുഃഖോപത്തയെ തന്ന അതിവർത്തിത്തും ദൈത്യാഹ പൗരുഷൈ ഈശ്വരപ്പുമാൻ സുഖദുഃഖങ്ങൾക്കൊക്കെ തന്നെ അവൻ പ്രഭുവോ അവനെ കടക്കാൻ വിൽപ്പവർ കൊണ്ട് സാധ്യമല്ല ഹേ അസുരന്മാരെ അതുകൊണ്ട് ആ തല അവന്റെ കാൽച്ചവട്ടിൽ വയ്ക്ക അങ്ങനെ വെച്ചപ്പോ ഭഗവാൻ എന്തു പറഞ്ഞു രക്ഷിഷ്യേ സർവത്തോഹം ത്വാം സാനുഗം സപരിച്ഛദം സദാ സന്നിഹിതം വീര തത്ര മാം ഭവാൻ തന്നെ ഞാൻ രക്ഷിക്കും എന്റെ കൂടെ ഇരുന്ന് രക്ഷിക്കുമെന്നൊക്കെയാണ് ആശീർവാദം അപ്പോ മാമേവയെ പ്രപദ്യ ഈ മാവിയായ ഭഗവാന് തന്നെ ആര് ശരണാഗതി ചെയ്യുന്നു അന്തര്യാമിയായി ഈശ്വരന് തന്നെ ആര് ശരണാഗതി ചെയ്യണോ അശക്തന് ആര് ശരണാഗതി ചെയ്യുന്നു അവൻ ശക്തിയാൽ രക്ഷിക്കപ്പെടും വിമുക്തനാക്കപ്പെടും മാമേവേ പ്രപദ്ധ്യൻ മായാം തരന്തി അവര് തരണം ചെയ്യും സർവധർമാൻ പരിത്യജ്യ മാമേവം മായാവിനം സ്വാത്മഭൂതം സർവാത്മനായേ പ്രപദ്യ സർവധർമാൻ പരിത്യജ എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനും അവിടെ കൊണ്ട് വയ്ക്കരുത് എന്നർത്ഥം ഈശ്വരൻ എവിടെ വെച്ചോ അവിടെ ഇരിക്കുക എങ്ങനെ വണ്ടി ഓടിക്കണമോ അങ്ങനെ ഓടുക എവിടെ നിർത്തിയോ അവിടെ നിൽക്കുക സ്വസങ്കൽപ്പമില്ലാതെ വെറും സ്വേച്ഛയത്ത് ഒരു കളിപ്പാട്ടമായിട്ട് ഈശ്വരനോട് വർത്തിക്കുക കളിപ്പാട്ടമാണ് എന്ന് അറിഞ്ഞാൽ ഭാഗവതത്തിൽ വരുന്ന ശ്ലോകമാണ് ഈശസ് ഹി വശയ ലോക യോഷ ദാരുമയതാണ് ഈശ്വരന്റെ കയ്യിൽ നമ്മളൊക്കെ തന്നെ പാവക്കൂത്തിലെ പാവകളാണെന്നാണ് പാവക്കൂത്തിലെ പാവകളാണെന്ന് അറിഞ്ഞാലോ നമ്മളുടെ അഭിമാനം പോയിപ്പോകും അഭിമാനം പോയാൽ നമ്മൾ മുക്തരാണ് അതുകൊണ്ട് മാസൂയേഥാ അവന്റെ കർമ്മത്തിനോട് അസൂയ വയ്ക്കരുത് അവൻ എന്ത് ചെയ്യിപ്പിക്കണോ അതിനെതിരെ പ്രവർത്തിക്കാൻ ആശിക്കരുത് അവൻ്റെ കയ്യിൽ യന്ത്രമായിട്ടിരിക്കുക അവൻ എന്ത് തരണോ അത് പ്രസാദമായിട്ട് സ്വീകരിക്കുക എവിടെ വെക്കണോ അവിടെ ഇരിക്കുക എന്ത് പണിയാണോ എടുപ്പിക്കണമെന്ന് വെച്ചാൽ ആ പണിയെടുക്കുക അങ്ങനെ ആയാൽ അവനാൽ വിമുക്തനാക്കപ്പെടും അതാണ് സർവധർമാൻ പരിത്യജ്യ മാമേവ മായാവിനം മായാവിയായ സ്വാത്മഭൂതം അന്തര്യാമിയായ ഉള്ളിൽ ഇരിക്കുന്ന എന്നെ സർവാത്മന എല്ലാ വിധത്തിലും ഏ പ്രബന്തിയെ പ്രബന്ധ്യന് ആരാണോ ശരണാഗതി ചെയ്യുന്നത് സർവഭൂതമോഹിനീം അതിക്രാമന്തി സർവഭൂതങ്ങളെയും മോഹിപ്പിക്കുന്ന മായയെ അതിക്രമിച്ച് സംസാരബന്ധനാത് മുച്ചേ ഇത്യർത്ഥ സംസാരബന്ധനത്തിൽ നിന്നും വിമുക്തരായിട്ട് തീരുന്നു എന്ന് പറയണം അപ്പോ ശരി ഇപ്പൊ മനസ്സിലായി ഇപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഇനിയിപ്പോ എന്താ പാടുള്ളത് ഇനി മുതൽ ശരണാഗതിയോടുകൂടെ ഇരിക്കുക പ്രപത്തിയോടെ ഇരിക്കുക അഭിമാനമില്ലാതെ സ്വസ്ഥമായ കുട്ടികളെ പോലെ ഇരിക്കുക ട്രെയിനിൽ പോകുമ്പോ നമ്മളുടെ സൂട്ട് കേസ് നമ്മളുടെ തലയിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ ചോട്ടൽ വെച്ച് സ്വസ്ഥമായി ഇരുന്നൂടെ എന്നാലും ചിലരുണ്ട് അവര് പെട്ടി തലയിലേ വയ്ക്കുകയുള്ളൂ ഓടുന്ന ട്രെയിനിന്റെ മേലെ ഉള്ളിൽ ഓടുന്ന പോലെയാണ് ശരണാഗതി എന്നുള്ളത് വളരെ സിമ്പിളാണ് പക്ഷേ നമ്മളുടെ ഉള്ളിൽ അഹങ്കാരമെന്ന പ്രേതം ജീവിക്കുന്നവരെ ശരണാഗതി ചെയ്യാൻ അത് സമ്മതിക്കില്ല അത് എന്തെങ്കിലുമൊക്കെ ജൽപ്പനം ചെയ്തുകൊണ്ടേ ഇരിക്കുള്ള അതുകൊണ്ട് അത് ആ ഈഗോ എങ്ങനെ വന്നു അത് അതിനെയാണ് നമ്മൾ പാപം എന്ന് പറയണത് വരുന്നല്ല പാപം എന്ന് പറയണത് ഈ അഹങ്കാരമാണ് അത് നമ്മൾ തത്വമൊക്കെ അറിഞ്ഞാലും ഗീതയൊക്കെ അറിഞ്ഞാലും വേദാന്തമൊക്കെ അറിഞ്ഞാലും ഉള്ളില് കയറിക്കൂടിയൊരു ബുള്ളറ്റ് പോലെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒക്കെ മനസ്സിലായാലും പ്രാക്ടിക്കലായിട്ട് വരുമ്പോ ഒന്നും നടത്തില്ല രാമകൃഷ്ണ പരമഹംസർക്ക് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു രാംലാൽ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് രാമകൃഷ്ണ പരമാംസരായ വരും എന്തിനാപ്പൊ ഇയാളെ എല്ലാരെയും നമസ്കരിക്കണത് എന്റെ മരുമനുവിന് പറയില്ലേ തലയ്ക്ക് ഇത്തിരി സൂക്കേടാണ് ആളുകളൊക്കെ വരുന്നു ഇയാൾ പാട്ടുപാടുന്നു ഇടയ്ക്ക് ചോദിക്കും രാമകൃഷ്ണ എന്റെ അടുത്ത് ഗതായി നിന്റെ അടുത്ത് എന്താ ഉള്ളത് നിന്നെ എന്തിനായിരുന്നു അപ്പൊ രാമകൃഷ്ണദേവർ ഒന്നുമില്ല എന്നിട്ട് ഇടയ്ക്ക് കുറച്ച് വേദാന്തമൊക്കെ പറയുമ്പോ ഒക്കെ ചർച്ചയൊക്കെ ആവും സത്സംഗമൊക്കെ കേട്ടുകഴിഞ്ഞാൽ രാംലാലിന് തോന്നും ഗതാ ഇനി അവതാര പുരുഷനാണ് എന്ന് പറഞ്ഞ് നമസ്കരിക്കും മരുമകനാണെന്ന് പോലും നോക്കാതെ രാമകൃഷ്ണദേവൻ തന്നെ പറയും ഈ നമസ്കാരവും ഭക്തിയും ഒക്കെ മൂക്കുപൊടി എടുത്ത് മൂക്കിലിടുന്നവരെ ഉണ്ടാവുള്ളൂ എന്നാണ് അത് ഇട്ട് കഴിഞ്ഞാൽ ഉടനെ അഹങ്കാരം വയ്ക്കുമോ അത്ര അദ്ദേഹത്തിന് മൂക്കിലതങ്ങട് കയറ്റി കഴിഞ്ഞാൽ ഉടനെ അധ്യാത്മരാമായണത്തിൽ കുറെ ശ്ലോകമൊക്കെ അദ്ദേഹം കാണാതെ പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഓർമ്മ വരുമത്രേ അപ്പൊ പറയും ഗതായി നിനക്ക് എന്തറിയും നിനക്കൊന്നും അറിയില്ല ശരണാഗതി എന്നുള്ളത് വളരെ സിമ്പിളാണ് പക്ഷേ നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നും ഒരു ശവം എടുത്ത് വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും അല്ലെ നമ്മൾ മാത്രം എന്താ മുങ്ങണ് നമ്മളെക്കാളും അപ്പൊ ഈ ജടശരീരത്തിന് എന്തോ ശക്തിയുണ്ട് എന്താ ജഡശരീരത്തിനും നമുക്ക് വ്യത്യാസം അതിന് അഹങ്കാരമില്ല അത് രക്ഷപ്പെടാൻ ശ്രമിക്കണില്ല അതുകൊണ്ട് തന്നെ പൊങ്ങിക്കിടക്കാണ് നമ്മള് രക്ഷപ്പെടാൻ ശ്രമിക്കണത് കൊണ്ട് തന്നെ മുങ്ങിപ്പോകാണ് രണ്ടു ഒരേ ശരീരമാണല്ലോ ചത്തുപോയാൽ മാത്രം പൊങ്ങിക്കിടക്കണു ജീവനോടെ ഇരിക്കുമ്പോൾ മുങ്ങിപ്പോകുന്നു മാത്രല്ല മറ്റു പല മൃഗങ്ങളുണ്ട് അവരൊന്നും നീന്താൻ പഠിക്കാതെ നീന്തണ്ട് നമുക്ക് മാത്രം എന്തുകൊണ്ട് എല്ലാം പഠിക്കേണ്ടിയിരിക്കണം എല്ലാം നമ്മളുടെ ഉള്ളിലുള്ള ഈ ശ്രീമാന്റെ ശക്തിയാണ് ഈഗോ ഉണ്ടല്ലോ അന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു ഈഗോവിന് ഒരാൾ ഡെഫനേഷൻ കൊടുത്തു ഇജക്ട് ഗാഡ് ഔട്ട് എന്നാണ് ഈ ജി ഒ ഈശ്വരനെ കഴുത്തുപൊടിച്ച് ഒരു തള്ള പുറത്ത് അയാളെ ഉള്ളപ്പോ ഈശ്വരൻ ഉണ്ടാവില്ല അവൾ ഈ ഗോ ആണെങ്കിൽ ഹീ നവർ ഗോസ് പേര് മാത്രമേ ഉള്ളൂ ഗോ പൂല ഉള്ളിലിരുന്ന് നമ്മളെ എല്ലാം ഞാൻ ചെയ്യണമെന്ന് തോന്നിപ്പിക്കും പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ദുഃഖങ്ങൾ ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതാണ് ഭഗവാൻ പറയണത് പ്രവൃത്തിയിൽ നിന്ന് ഒത്തിരി സിമ്പിൾ ആയിട്ടുള്ള ഒരു ധർമ്മം ഉണ്ടെങ്കിലും ചെയ്യാൻ ഒക്കില്ല അടുത്ത ശ്ലോകം നോക്കൂ നമാം ദുഷ്കൃതിനോ മൂഢാ പ്രപദ്ധ്യന് രാധമാഹൃതജ്ഞാഹുരം ഭാവം ആശ്രിത ഈ അഹങ്കാരത്തിന് പേരാണ് അസുരൻ അഹങ്കാരമുണ്ടോ അസുരൻ ഹിരണ്യകശുവും തപസ്സ് ചെയ്യുന്നു വിശ്വസിഷ്ട വിശ്വാമിത്രാദികളും തപസ് ചെയ്യുന്നു രണ്ടുപേരും തപസ്സ് എന്താ വ്യത്യാസം ഒരാളുടെ തപസ് മുഴുവൻ ഈ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് നമാം ദുഷ്കൃത്തിനോ മൂഢാഹ പ്രവദ്യേ നരാധമാ അപഹൃതജ്ഞാനാഹ ആസുരം ഭാവമാശ്രിത കൃഷ്ണൻ നാല് വിശേഷണങ്ങൾ അവർക്ക് കൊടുത്തു ദുഷ്കൃതിനഹാഹ ഹ മായയാ അപഹൃതജ്ഞാനാഹ ഒന്നും കൂടെ ചെയ്യും ആസുരം ഭാവമാശ്രിത അഞ്ച് അനുഷ്ടുപ്പില് എൺപത് ശതമാനം പോയി നമാം ദുഷ്കൃതി നഹ ദുഷ്കൃതി നഹ എന്ന് വെച്ചാൽ ആ കർമ്മം ചെയ്ത് അത് അവരുടെ ഹാബിറ്റ് ആയിട്ട് തീർന്നിരിക്കുന്നു മൂഢാഹ അവരുടെ ബുദ്ധി മൗഢ്യം ബാധിച്ചിരിക്കുന്നു നരാധമാഹ മനുഷ്യരിൽ അധമന്മാര് അപഹൃതജ്ഞാനാഹ അവരുടെ ബുദ്ധി ഈസ് ലൂട്ടഡ് റോബ് അവരുടെ നിലയ്ക്ക് നിൽക്കില്ല എന്നർത്ഥം മായ അവരുടെ ബുദ്ധിയെ അപഹരിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ആസുരം ഭാവമാശ്രിത്താഹ ആസുര സ്വഭാവത്തിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് അസുരന്മാർ എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ കാറ്റഗറിയല്ല മനുഷ്യരിൽ അഹങ്കാരം ബലം കൂടുന്തോറും അസുരൻ സൊസൈറ്റൽ മാൻ ഈസ് അസുര എന്ന് വെച്ചാൽ സൊസൈറ്റി എന്ന് പറയുന്നത് തന്നെ ഈഗോ ഓറിയന്റഡ് ആണല്ലോ അഹങ്കാരത്തിനെ വെച്ചുകൊണ്ടാണ് നമ്മൾ സമൂഹം എന്നൊരു സാധനത്തിനെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് ഈശ്വരനെ ശരണാഗതി ചെയ്യാന്നുള്ള ധർമ്മം ആർക്കും പ്രശ്നമേ അല്ല സ്കൂളിൽ പഠിപ്പിക്കോ അതൊക്കെ ഹിസ്റ്ററിയിൽ പഠിപ്പിക്കോ ജോഗ്രഫിയിൽ പഠിപ്പിക്കുകയോ ഫിസിക്സിൽ പഠിപ്പിക്കോ കെമിസ്ട്രിയിൽ പഠിപ്പിക്കുവോ അതിലൊക്കെ തന്നെ ഈശ്വരൻ എന്നുള്ള പദം തന്നെ നമുക്ക് ഒരു കേവലം ഒരു കലാപരിപാടിയിലെ ഒരു ഭാഗം മാതിരി മാത്രമാണ് നോക്കൂ നമ്മളൊക്കെ ആസ്തികന്മാരാണ് ദൈവവിശ്വാസികളാണെന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ദൈവം എന്ന് കൊച്ചുകുട്ടികൾക്ക് പുലമ്പാനുള്ള ഒരു വിഷയം മാത്രമാണെന്നല്ലാതെ സ്കൂൾ സിലബസ് മുതലായിട്ടുള്ള ഗൗരവമായി എന്തൊക്കെ കടക്കുന്നു അതിലൊക്കെ ഈശ്വരൻ എവിടെ സ്ഥാനമെന്നുള്ള മെറ്റാണ് അപ്പോ ദുഷ്കൃതികളും മൂഢന്മാരും ആസുരഭാവത്തോടുകൂടിയവരും അപഹൃതജ്ഞാനന്മാരുമായിട്ടുള്ളവരുമാണ് നയൻറ്റി ലോകത്തിലെ ഈശ്വരൻ എന്നുള്ളത് നമുക്കൊരു പ്രധാനമേ അല്ലല്ലോ അതുകൊണ്ട് പ്രപത്തി എന്നുള്ളത് ഇത്ര സിമ്പിൾ ആണെങ്കിലും നടക്കില്ല നമുക്ക് അതൊന്നും പ്രധാനമല്ല ലോകം കഴിഞ്ഞിട്ട് ഭഗവാൻ എന്നൊന്നുണ്ടെങ്കിൽ ആത്മാന്ന് എനിക്കൊന്നുണ്ടെങ്കിൽ അതിനെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞത്ര ഒരു യുക്തിവാദി മരിക്കാൻ പോകുമ്പോൾ പേടി ഭഗവാൻ തന്നെ ഇത്തിരി കരുണയോട് പറയണം വിഷമത്തോട് പറയണം ആര് ശരണാഗതി ചെയ്യില്ലോ ഒന്നാണ് ആസുരംഭാവമാശ്രിത ഒരു വശത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് അതാണ് തോന്നുക ലോകത്തില് ശരണാഗതി ചെയ്യൽ വളരെ സിമ്പിൾ ആണെങ്കിലും നമുക്ക് അഹങ്കാരമുള്ളവരെ നടക്കില്ല അഹങ്കാരോട് മൃഗയോനികളിലൂടെയൊക്കെ സഞ്ചരിച്ചതിന്റെ ആഫ്റ്റർ എഫക്ട് ആണ് സോ അതൊക്കെ തീർന്നു കഴിയണവരെ ഇവൻ അങ്ങനെയൊക്കെ ഇരിക്കുകയുള്ളൂ ശരണാഗതി ചൈല ആ സുരം ഭാവമാശ്രിതാഹ അടുത്ത ശ്ലോകം നോക്കൂ ഭഗവാനെ ഭജിക്കുന്നവരെ നാല് കാറ്റഗറിയിൽ ഭഗവാൻ പടുത്താണ് സാധാരണ ഈ ദുഷ്കൃതികളെ ഈ നാല് കാറ്റഗറിയിലും പെടില്ല എന്നാണ് അവര് ആൾക്കൊള്ളൽ ശക്തി തമിഴില് പറയുന്ന ഒരു വാക്കാണ് ആൾക്കൊള്ളൽ തടുത്ത് ആൾക്കൊള്ളൽ എന്ന് വെച്ചാൽ പിടിച്ചടക്കൽ നോക്കൂ നമ്മള് ഭഗവാനെ പിടിക്കലല്ല ഭഗവാൻ എപ്പോഴും നമ്മളെ പിടിക്കാൻ തയ്യാറായിട്ടുണ്ട് we have to just expose ourselves to his influence that's all it's already there ella aduthu indadana vedam paranathu teertha kshettrangal thoorum agni thoorum jalam thoorum kaadugal thoorum nadakkunu bhagavan man aalugalai pidikkanaiyittu nadakkunathu pashi pidikodukana illa nadana ആ പിടിയിലേക്ക് വീണു കൊടുക്കാനുള്ള മെച്യൂരിറ്റി ഇയാൾക്ക് ഉണ്ടായാൽ മതി അതിന് ഇയാൾക്ക് ദുഷ്കൃതി ഇയാളുടെ പാപം ഡൗൺ പുള്ളിംഗ് ഫോഴ്സ് ആയിട്ട് നിൽക്കുകയാണ് ദുഷ്കൃതി എന്ന് ഭഗവാൻ പറഞ്ഞു അതിനെയാണ് പാപം എന്ന് പറയുന്നത് പാപം എന്ന് പറഞ്ഞാൽ പൊതുവേ നമുക്ക് ഇറ്റ് ഈസ് എ ഫോഴ്സ് ആഫ്റ്റർ എഫക്ട് ഓഫ് അവർ ഓൺ ആക്ഷൻ എന്ന് വെച്ചോളൂ അവിടെ പ്രപതി ചെയ്യാൻ തോന്നില്ല ശരണാഗതി ചെയ്യാൻ തോന്നില്ല അർജുന ദുര്യോധനനും വിശ്വരൂപം കണ്ടു അർജുനൻ വിശ്വരൂപം കണ്ട് സ്തുതിച്ചു ദുര്യോധനൻ കൗരവ സഭയിൽ വെച്ച് വിശ്വരൂപ ദർശനം കിട്ടി ദുര്യോധനന് ദുര്യോധനൻ പറഞ്ഞു ഇത് ഒരു മാജിക് ആണ് ഇതൊക്കെ ഇടയച്ചക്കൻഡേ എപ്പോഴി വിദ്യയാണെന്ന് തോന്നുന്നു കൂട്ടാക്കിയില്ല എന്താ പ്രബദ്ധ്യന്തേ മായ അവഹൃതജ്ഞാനാഹ ഇനിയിപ്പോ ഭക്തി ചെയ്യുന്നവർ ഏത് വിധത്തിലുണ്ട് നാല് വിധത്തിലുണ്ട് അടുത്ത ശ്ലോകം നോക്കൂ ചതുർവിധ ഭജന്മാ ജനാസുക്നോർജുന ആർത്തോജിജ്ഞാസുരർത്തി പരദർശഭ കഴിഞ്ഞ ശ്ലോകം ദുഷ്കൃതികൾ എന്ന് പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ കണ്ട് ചോദിക്കുമല്ലോ ഇത്ര ആളുകളുണ്ടല്ലോ ഇവരൊന്നും ഭജിക്കണമില്ലല്ലോ ഭക്തി ചെയ്യണമില്ലല്ലോ എന്ന് ചോദിക്കുമല്ലോ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ ആ കഴിഞ്ഞ ശ്ലോകം നമ്മൾക്ക് തരികയാണ് അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ മാർഗത്തിലൊന്നും വരാത്ത ദുഷ്കൃതിനഹ ചോദ്യത്തിന് ഉത്തരമാണത് മനസ്സിലായോ ചോദ്യത്തിനുള്ള ഉത്തരമാണത് എന്തുകൊണ്ടാണ് അവരൊന്നും ഭജിക്കാത്തത് എന്താ അവരൊന്നും ഭക്തി മാർഗത്തിലില്ലാത്ത നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരം തന്നു ഇനിയിപ്പോ ചോദ്യം ചോദിക്കാൻ പാടില്ല അതിൽ കൂടുതൽ ആ ശ്ലോകത്തിൽ ചോദ്യം ചോദിക്കരുത് അപ്പൊ അവരൊക്കെ പാപികളാണെന്ന് വെച്ചാൽ അവരുടെ ഉള്ളിൽ ഈശ്വരനില്ലേ എന്നൊന്നും ചോദ്യം അതിരി കടന്ന് ചോദിക്കാൻ പോയാൽ ഇവിടെ എല്ലാവരും ആത്മസ്വരൂപികളാണ് നല്ലവരാണ് ഭഗവത് സ്വരൂപികളാണെന്നൊക്കെ പറയും അത് അനുഭവം വരും പറയും അപ്പോ അത് ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പൊ ഭഗവാൻ പറഞ്ഞത് നാല് വിധത്തിലുള്ള ഭക്തന്മാരുണ്ട് ചതുർവിധാഹ നാല് വിധത്തിൽ എന്നെ ഭജിക്കുന്നു എങ്ങനെയാ ആർത്ത ലോകത്തിൽ എന്തെങ്കിലും സൂക്കേട് വരുമ്പോ ദുഃഖം വരുമ്പോ വിഷമം വരുമ്പോ പലതരത്തിലുള്ള ഭജനം തുടങ്ങും ചിലര് നവഗ്രഹപ്രതിഷ്ഠ എവിടെ ഉണ്ടോ അതിനു ചുറ്റിക്കൊണ്ടേയിരിക്കും അവര് നവഗ്രഹത്തിനെ ഭജിക്കുകയല്ല അവരുടെ ആർത്തി തീരാൻ വല്ല വഴിയുണ്ടോ നോക്കുകയാണ് എന്തൊക്കെയോ ടെക്നിക്കുകളുണ്ട് ഇങ്ങനെ എങ്ങനെ പ്രദക്ഷിണം വരും അപ്രദക്ഷിണം വരും ഇതൊക്കെ ആര് പറഞ്ഞു കൊടുത്തു എന്നറിയില്ല എന്തൊക്കെയോ ചെയ്യും പലതരത്തിലുള്ള മൂർത്തികളുണ്ട് താമസമായ മൂർത്തി രാജസമായ മൂർത്തി സത്വഗുണത്തിലുള്ള മൂർത്തി എല്ലാത്തിനെയും ഒക്കെ വചിക്കും ഇവരുടെ ആർത്തിക്കനുസരിച്ചും ഇവരുടെ വാസനയ്ക്കനുസരിച്ചും സ്വഭാവത്തിനനുസരിച്ചൊക്കെ വചനാണ് പൊതുവെ ശാരീരികമായ വിഷമം സാംസാരികമായ വിഷമമൊക്കെ തീർക്കാൻ വേണ്ടി ഭഗവാന്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നത് ആർത്തഭക്തി നാരായണ ഭട്ടതിരി ഗുരുവായൂരപ്പന്റെ അടുത്ത് ഭഗവാനെ എന്റെ വ്യാധി മാറ്റിത്തരൂ എന്ന് പറഞ്ഞ് ഓരോ ദശകത്തിലും പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ആർത്തവക്തിയാണത് ജ്ഞാനിയുടെ ലക്ഷണങ്ങളൊക്കെ അദ്ദേഹത്തിൽ കാണുന്നുണ്ടെങ്കിലും ഭക്തന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും കാവ്യത്തിന്റെ സ്വഭാവം ആർത്തമാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് പൊതുവെ ഈ ആർത്തിശമനത്തിന് വിഷമങ്ങൾ ശമനത്തിന് വ്യാധിയോ ദുഃഖങ്ങളോ ശമിക്കാനായിട്ട് ഇത്തരം ദുഃഖം നമുക്ക് ഇഷ്ടാവും എന്തിനാ അയാളെ ഭക്തൻ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ അയാളെ ലോകത്തിലുള്ള മറ്റുള്ളവരുടെ അടുത്തൊന്നും പോവാതെ ഭഗവാൻ അടുത്ത് പോയല്ലോ വലിയ വലിയ ഭക്തന്മാരൊക്കെ ആർത്തഭക്തന്മാരായിട്ട് വന്നവരാ തിരുണാവക്കര ശിവ സ്വാമികൾ ശിവഭക്തനായത് വയറുവേദനയും കൊണ്ട് ഒരുവിധത്തിലും ചികിത്സിക്കാതെ അവസാനം പറഞ്ഞു ഈശ്വരൻ എന്നെ ആൾക്കൊള്ളാൻ വേണ്ടി ഇത് തന്നതാണെന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ പതികം തന്നെ തേവാരം ആദ്യത്തെ തേവാരം തന്നെ കുറ്റ വിലക്കവീർ കുടുമൈ പലശീതനൻ അറിയേൻ ഈ ആദ്യത്തെ തേവാരം തന്നെ വയറുവേദനയെ ഭഗവാൻ എടുത്ത് പറയണം ഞാൻ കുറ്റമൊന്നും ചെയ്തതൊന്നും എനിക്കറിയില്ലല്ലോ എന്തു കൊടുമയാണ് ഞാൻ ചെയ്തത് എന്റെ ഈ വേറുവേദന ഉള്ളിൽ ഇങ്ങനെ വേദനിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടാണ് ആർത്തഭക്തിയാണ് പക്ഷേ ഫലമജ്ഞാനിയാണ് അദ്ദേഹം ആർത്തഭക്തനായിട്ടാണ് ഭഗവാന്റെ ആൾക്കൊള്ളലിൽ ഭഗവാന്റെ കൃപാപാത്രമായി തീർന്നു അതിനുശേഷം പരമഭക്തനായി ഈ അറുപത്തിമൂന്നായന്മാരിലും ഇത്രയും മധുരമായ പാട്ട് വേറെയാരുടെ ഇല്ല ഇത്രയും ഭക്തിരസം ആർത്ത ജിജ്ഞാസു ജിജ്ഞാസു എന്ന് വെച്ചാൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഗീതയോ ഉപനിഷത്തോ വേദാന്തമോ ഒക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ഭക്തി ജിജ്ഞാസു അർത്ഥാർത്ഥി അർത്ഥാർത്ഥി എന്ന് വെച്ചാൽ പൊതുവെ പണമോ ധനമോ ഒക്കെ സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നതെന്നാണ് അർത്ഥം പറയേണ്ടത് പക്ഷേ ചില ആചാര്യന്മാരുടെ അഭിപ്രായം ആർത്തൻ ജിജ്ഞാസു കഴിഞ്ഞിട്ടാണ് ഇത് വരുന്നത് ആർത്തൻ എന്നുള്ളതിൽ തന്നെ അർത്ഥാർത്ഥി ഈസ് ഓൾസോ ഇൻക്ലൂഡഡ് ദാരിദ്ര്യം ഉണ്ടെങ്കിൽ ഭഗവാനോട് പ്രാർത്ഥിക്കാം അല്ലെ ശങ്കരാചാര്യർ പ്രാർത്ഥിച്ചു തനിക്ക് വേണ്ടിയല്ല വേറൊരാൾക്ക് വേണ്ടി അത് അർത്ഥാർത്ഥിയല്ല സംഘം ഹരേഹേ പുളകഭൂഷണം ആശ്രയി അത് കാരുണ്യമാണ് അദ്ദേഹത്തിന് പണമൊന്നും വേണ്ടല്ലോ വേറെ ഒരാൾക്ക് വേണ്ടി ചിലപ്പോ ചിലരൊക്കെ അവരവരുടെ സമ്പാദ്യത്തിന് വേണ്ടി വിചിത്രം വലിയ ഭക്മാര് ചില സമയത്ത് അർത്ഥാർത്ഥികളായിട്ട് പ്രാർത്ഥിക്കും സുന്ദരമൂർത്തി സ്വാമികൾ കാശു വേണമെന്ന് പറഞ്ഞൊരു തേവാരം പാടുന്നുണ്ട് ശിവന്റെ അടുത്ത് അതേ പരമേശ്വരനുമായിട്ടുള്ള ലീലയുടെ ഒരു ഭാഗമാണ് ശിവന്റെ സഖാവാണ് ഒരു ഘട്ടത്തിൽ പറഞ്ഞു എനിക്ക് കാശ് വേണമെന്ന് ഒരു തേവാരം പാടി ശിവൻ കാശ് കൊടുത്തു ഈ കാശ് ഇവിടുന്ന് തൂക്കി തിരുവാരൂർ വരെ പോവാൻ പറ്റില്ല അതുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് അന്ന് തന്നെ അദ്ദേഹം അപ്പൊ ശിവൻ പറഞ്ഞു ഇവിടുത്തെ കുളത്തിലിടൂ എന്നിട്ട് തിരുവാറൂരിൽ പോയി കുളത്തിലെടുത്തോളൂ എന്ന് പറഞ്ഞു ഇവിടുത്തെ ബാങ്കിലിട്ടിട്ട് അവിടെ പോയിട്ട് എടുക്കുന്ന പോലെ ഈ കുളത്തിലിട്ട് തിരുവാരൂർ കുളത്തിൽ പോയി എടുത്തോളൂ എന്ന് പറഞ്ഞു സുന്ദരമൂർത്തി സ്വാമികൾ ഇവിടെ കുളത്തിൽ നിക്ഷേപിച്ച് തിരുവാരൂർ കുളത്തിന് പോയി എടുത്തിട്ട് പറഞ്ഞു മാറ്റ് കുറഞ്ഞിരിക്കണമെന്ന് പണത്തിന്റെ മാറ്റ് കുറഞ്ഞിരിക്കണമെന്ന് കുറച്ച് കമ്മിയായിരിക്കണമെന്നാണ് അതൊക്കെ ഭക്തന്മാർക്കും ഭഗവാനും തമ്മിലുള്ള കളിയാണ് അപ്പൊ അർത്ഥാർത്ഥിയായിട്ട് വലിയ ഭക്തൻ പോലും ചില സമയത്ത് അർത്ഥാർത്ഥിയായിട്ട് കാണുന്നുണ്ട് ആർത്തോ ജിജ്ഞാസുഹു അർത്ഥാർത്ഥി ജിജ്ഞാസു അറിയാൻ ആഗ്രഹിക്കുന്നവൻ അർത്ഥാർത്ഥി ധനത്തിനു വേണ്ടി ആഗ്രഹിക്കുന്നവനും ആർത്തനാണ് ദാരിദ്ര്യം കൊണ്ട് വിഷമിക്കുകയും ധനത്തിനോ സമ്പത്തിനോ സമൃദ്ധിക്കോ വേണ്ടി ആശിക്കുകയോ ഒക്കെ ചെയ്യുന്നവൻ അർത്ഥാർത്ഥി ജ്ഞാനീച്ച പിന്നെ ജിജ്ഞാസു അർത്ഥാർത്ഥി പരമപുരുഷാർത്ഥാർത്ഥി പരമപുരുഷമാർത്ഥ പരമപുരുഷമായ പുരുഷാർത്ഥമായ മോക്ഷത്തിനെ ജ്ഞാനത്തിനെ മുക്തിയെ ഭഗവത് ആശിക്കുന്നവൻ അർത്ഥാർത്ഥിയാണ് മുമുക്ഷു മുമുക്ഷു അർത്ഥാർത്ഥിയാണ് അപ്പൊ അയാളും ഈ കാറ്റഗറിയിൽ പെട്ടു മൂന്നാമത്തെ സ്റ്റേഡ് സ്റ്റേജിലാണ് ആർത്തൻ ജിജ്ഞാസു അർത്ഥാർത്ഥി വിമുക്ഷുത്വം സർവസംഗ ാമത്തത് ജ്ഞാനി ആരാണോ ഒരാഗ്രഹവുമില്ല യാതൊന്നും നേടിയെടുക്കാനില്ല സ്വയം ഭഗവാനെ തന്നെ തന്റെ സ്വരൂപമായി അറിഞ്ഞിരിക്കുന്നത് ആത്മാവായി അറിഞ്ഞിരിക്കുന്നത് ആ ജ്ഞാനി ജ്ഞാനിയെ ഉത്തമഭക്തനായിട്ട് ഭഗവാൻ പറയാണ് അടുത്ത ശ്ലോകം നോക്കും തേഷാം ജ്ഞാനീ നിത്യുക്ത ഏകഭക്തിർവിശിഷ്യത്തെ പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം അഹം തസ് അഹം സജമപ്രിയ ജ്ഞാനി നിത്യുക്ത ജ്ഞാനി എപ്പോഴെങ്കിലും ഭഗവാനെ ഭജിക്കുന്നു പിന്നെ ലോകത്തിലുള്ള വസ്തുക്കളെ ഭജിക്കണമെന്നില്ല നിത്യനിഷ്ഠനാണ് ഏകഭക്തി അവന് ഭഗവാൻ മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നുമില്ല വേറെ എന്തിനെങ്കിലും വേണ്ടി ഭഗവാനോ വേറെ എന്തെങ്കിലും കൊതിക്കുകയോ ഒന്നുമില്ല ഏകഭക്തി ഇയാൾ വിശിഷ്യത അവൻ പൂർണ്ണനാണ് പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം ജ്ഞാനിക്ക് ഞാൻ ഏറ്റവും പ്രിയങ്കരനാണ് സത്യമോമപ്രിയ ആ ജ്ഞാനി എനിക്ക് ഏറ്റവും പ്രിയങ്കരനാണ് ജ്ഞാനിയോട് എനിക്ക് വളരെ പ്രിയമുണ്ട് ജ്ഞാനിക്ക് എന്നോട് പ്രിയമുണ്ട് അംബരീഷ് ചരിത്രത്തിൽ ഭാഗവതത്തിൽ ഭഗവാൻ പറയാണ് ധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം തു അഹം മദന്യത്തെന ജാനി നാഹം തേഭ്യോ മനാഗപി സാധവോ ഹൃദയം മഹ്യം സാധൂനം ഹൃദയം അഹം സാധുക്കളുടെ ഹൃദയത്തിലെ ഞാനുണ്ട് എന്റെ ഹൃദയത്തിലെ സാധുക്കളുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ ഭേദമേയില്ല പ്രിയോഹി ജ്ഞാനിനോത്യർത്ഥം ജ്ഞാനികൾക്ക് ഞാൻ അത്യർത്ഥം പ്രിയനാണ് സച്ച മമ്മ പ്രിയ അവൻ എനിക്കും വളരെ പ്രിയങ്കരനാണ് കാരണം എന്താ ഏകഭക്തി ജ്ഞാനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നിനോടും ആഗ്രഹമില്ല നിത്യയുക്ത നിത്യനിഷ്ഠനാണ് ജ്ഞാനി തത്വവിത് തത്വവിത്വാത് നിത്യയുക്ത തത്വ ജ്ഞാനം കൊണ്ട് നിത്യയോഗിത്തനാണെന്നാണ് എങ്ങനെയാണ് ജ്ഞാനിക്ക് നിത്യയോഗം ഉണ്ടായി തത്വജ്ഞാനം കൊണ്ട് തത്വജ്ഞാനം വന്നവന് നിത്യയോഗം എന്ന് പറയണത് ഒരു സ്റ്റേറ്റ് അല്ല ഭൂതവസ്തു വിഷയമാണ് ഈശ്വരനോടുള്ള നിത്യനിഷ്ഠ എന്ന് പറയണത് അയാള് നേടിയെടുക്കുന്ന ഒരു അവസ്ഥയല്ല തത്വജ്ഞാനം കൊണ്ട് അതാണ് ഉള്ളത് എന്നറിയുന്നത് പിന്നെ അത് വിട്ടുപോരാ മനസ്സുകൊണ്ട് ധ്യാനം കൊണ്ട് സമാധി കൊണ്ട് നേടിയെടുക്കുന്ന ഒരു സ്റ്റേറ്റ് അല്ല ഒരവസ്ഥയല്ല മറിച്ച് തത്വജ്ഞാനം കൊണ്ട് ഈശ്വരനാണുള്ളത് നമ്മളുടെ ആത്മാശ്വരനുമായിട്ടൊന്നാണ് ബ്രഹ്മമേയുള്ളൂ എന്ന് ജീവബ്രഹ്മൈക്യത്തിനെ മഹാവാക്യം കൊണ്ട് അറിയുന്ന തത്വമിത്ത് പിന്നീട് അവന് നിത്യയോഗം എന്ന് പറയണത് മനസ്സിനെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമാധിസ്ഥിതിയല്ല മറിച്ച് യാഥാതഥ്യ സ്ഥിതിയാണ് ഉള്ളതുള്ള പ്രകാശമാണ് അപരോക്ഷാനുഭൂതിയാണ് അതുകൊണ്ട് നിത്യുക്താം ഏകഭക്തി അവന് ഏകഭക്തിയാണ് കാരണം എന്താ ഭജനീയസ് അന്യസ്യ അദർശനാത് ആത്മാവിൽ നിന്ന് അന്യമായി ഭജിക്കാൻ ഒന്നിനെയും കാണില്ല അവൻ ആര് ഭജിക്കും എന്തിനെ ഭജിക്കും ഭജിക്കാൻ ഇവിടെ രണ്ടാമതൊരു വസ്തു ഉണ്ട് അതുകൊണ്ട് അന്യവസ്തുവിനെ കാണാത്തതുകൊണ്ട് അവൻ ഏകഭക്തിയാണ് സ്വസ്വരൂപാനുസന്ധാനം ഭക്തിഹി അവന്റെ ഭക്തി സ്വരൂപാനുസന്ധാനമാണ് സ്വാത്മതത്വജ്ഞാനമാണ് അതുകൊണ്ട് ഭജിക്കാൻ തന്നിൽ നിന്ന് അന്യമായ ആത്മാവിൽ നിന്ന് അന്യമായ ഒരു വസ്തു കാണാത്തതുകൊണ്ട് ഏകഭക്തിഹി അതാ സ ഏകഭക്തി വിശിഷ്യത്തെ ആധിക്യം ആപദ്യത്തെ ജ്ഞാനിക്ക് വാസുദേവൻ ആത്മാവാണ് വാസുദേവന് ജ്ഞാനി ആത്മാവാണെന്നാണ് രണ്ടുപേരും ഇതൊക്കെ വെറുതെ ഭാഷ കൊണ്ട് പറയുമ്പോൾ രണ്ടു പറയുകയാണ് ഒന്നേ ഉള്ളൂ ഭഗവാനെന്നും ജ്ഞാനിയെന്നും രണ്ടല്ല ജ്ഞാനീ തത്മൈവമേ മതം ഭഗവാൻ പറയാൻ പോവാണ് ഈ നാല് ഭക്തന്മാരും നല്ലവരാണ് എങ്കിലും ജ്ഞാനീ ഞാനും ഒന്നാണ് അടുത്ത ശ്ലോകം നോക്കൂ ഉദാരാർവയേവേവാത്മൈവമേ മതം ആസ്ഥിതസഹിയുക്താത്മാ ുത്തമാം ഗ സർവേവ ഉദാരാഹ ഈ നാലു വിധത്തിലുള്ള ഭക്തന്മാരും ശ്രേഷ്ഠരാണ് ഉത്കൃഷ്ടാഹ പരന്തു ജ്ഞാനീതു ജ്ഞാനിയാവട്ടെ ആത്മൈവമേ മതം ഞാൻ തന്നെയാണെന്ന് എന്റെ തന്നെ സ്വരൂപമാണ് ആസ്ഥിതഹാസഹിയുക്താത്മാ അവൻ എന്നിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് ആരോടും പ്രവൃത്തഹാസ്ഞാനിഹി എന്നിൽ തന്നെ സ്വരൂപനിഷ്ഠനായിരിക്കുന്നത് കൊണ്ട് മാമേവാനുത്തമാം ഗതി ഞാൻ തന്നെ അവന് ഗതിയായിട്ടിരിക്കുന്നത് കൊണ്ട് അവൻ എന്നിൽ നിന്ന് അന്യമല്ല ആത്മാവാണ് ജ്ഞാനി ബ്രഹ്മജ്ഞാനി ബ്രഹ്മത്തിനെ അറിഞ്ഞവനല്ല ബ്രഹ്മം തന്നെയാണ് ബ്രഹ്മവി ബ്രഹ്മൈവ ഭവതി ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞ ഒരാളില്ല ബ്രഹ്മമേ ഉള്ളൂ ഈശ്വരനെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞ ഒരാളില്ല ഈശ്വരനെ ഉള്ളൂ എന്നുവെച്ചാൽ അയാളുടെ വ്യക്തിത്വം ഈശ്വരനിൽ ഭഗവാനിൽ ലീനമാണ് പൂർണ്ണതയാ ലീനമാണ് അതാണ് പറയണത് ഇതാണ് ജ്ഞാനിയുടെ വൈഭവത്തിനെ ഭഗവാൻ വാഴ്ത്തുന്നതാണ് ഈ അധ്യായത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഭാഗം നാല് വിധത്തിലുള്ള ഭക്തന്മാരിലും ശ്രേഷ്ഠനാണ് അതുകൊണ്ട് ചതുർത്ഥി ഭക്തിയെ ആശ്രയിക്കൂ എന്നും പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയണു പ്രാകൃതമായിട്ട് ഭക്തി ചെയ്താലും ക്രമേണ ഈ ചതുർത്ഥി ഭക്തി ഒരാളിൽ ഉണ്ടാവും ശേഷം അവനിൽ സർവഭൂതങ്ങളിലും ഭഗവാനെ കാണുക എന്നുള്ള ചതുർത്ഥി ഭക്തി ഉണ്ടാവും എന്ന് പതിനെട്ടാം അധ്യായത്തിൽ പറയാണ് നാളെ ഇനി കുറച്ച് ശ്ലോകങ്ങളുണ്ട് നാളെ വൈകുന്നേരം ആ ശ്ലോകങ്ങൾ നോക്കി ഈ അധ്യായം പൂർത്തിയാക്കാം നാളെ വൈകുന്നേരത്തോടുകൂടെ ഈ പ്രഭാഷണ പരമ്പര ഇവിടെ സമാപിക്കുകയാണ് നാളെ വൈകുന്നേരം കാണാം സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോപ്രാങ്കണരിംഗണലോലമ പരമായാസം മായാക്കാരമ ഭുവനം കഥമനാഥം പ്രണമത ഗോവിന്ദം പര ഗോപീമണ്ഡലഗോഷീഭേദം ഭേദവസ്ഥേദം ശഗോരനിർൂതധൂളീധൂസൗഭാഗ്യംഭി ചിന്മണിമം പ്രണമത ഗോവിന്ദം പരമാനന്ദം സുലയോഷി വസ്ത്രമുദാഗമുരുൂഢം വാവിത്സീരതി വസ്ത്രുപാകർഷന് നിർദ്ധൂതവയശോകവിമോഹം ബുദ്ധം ബുദ്ധേരന്തസ്ഥം സമത്രീരം പ്രണമത ോ മമാത്മാവസി ത്വമ താച്യം മമകഞ്ചിത് അതി യഥാ തവേഷ്ടം കൂരുണം തഥൈവ ം ആത്മനാഥം രാവിലെ ആറര മണിക്ക് നിർവാണദശകം നാളെ രാവിലെ തന്നെ സമാപിക്കുകയാണ് മറ്റന്നാള് രാവിലെ ഉണ്ടാവില്ല വൈകുന്നേരം പതിവ് പോലെ ഭഗവത്ഗീത